അന്തരായിയതമിരുൂപത്തെ ശാത്തപാവനം അചിന്യ വൈഭവം തം നരം വപുഷി കുഞ്ചരം മുഖേ മന്മഹേക്ക്ലംം മഹാ ഗുരുബ്രഹ്മാ ഗുരുവിഷ്ണു ഗുരുദോ മഹേശ്വര ഗുരുസക്ഷാ भेद ബ്രമ്മ തസ്മൈ ശ്രീ ഗുരവേ നമ ഈശ്വരോ ഗുരുരാത്മേതി മൂർത്തിഭേദവിഭാഗിനി വ്യോമവ്യാപ്തേഹിമൂർത്തേ നമന്തം നീക്കരശം നമഗോത്രം നൂത്രം നോ ജാതിന് വർണ്ണത്തി പുരുഷോ നസം നീ നം നൈകാരം നമരണം നംപം തം നോ തും സഹജ സമരസം സദ്ഗുരും തം നമേ സദാശിവസമാരംഭാ ശങ്കരാചാര്യമധ്യമാം അസ്മദാര്യപര്യത്തം വന്ദേ ഗുരുപരം പരാ മൗനവ്യാഖ്യകടരമതത്വം യുവാന വർഷിന്വസദൃശിഗണൈരാവൃത ബ്രഹ്മനിഷ്ട ആചാര്യേന്ദ്രം കരകളിതന്മുദ്രമാനന്ദമൂർത്തിമദക്ഷിമൂർമീഡേ േവിഭാസകാതയേ ശാ സാന്നിഗേേന്ദ്രസങ്കീന്ദ്രവ്യ മോഹധ്വാന്തതിവാകരാ ഭഗവത്പാദിതമൈ ഭാഷ്യം നമോസ്തു സതത്തും പൂർണ്ണാ ബോധാത്മനി यस्योर्मि അപാരസിത്സുഖവാരിരാശേ യോർമാത്രം ഭുവനം സമസ്തം ഗുഹാഹിതം തം രമണം ഗഭീരം ചിന്വിഹീനം ഹൃദി ചിന്തയാഹം മൃണ്മയവ്ജടാത്മകഹം ബുദ്ധിർന്നോ നാഹം തതിസമയ സിദ്ധാത്മസദ്ഭാവത്ത കോഹം ഭാവയു കൂതവ വരധി ആ ദൃഷ്ട്ത്മനിഷാത്മന സോഹം സ്ഫൂർത്തിതയാ അരുണാചലശിവർണോ വിഭാതി സ്വയം കരുണപൂർണസുധാബ്ധേ കബളിതഘനവിശ്വകിരണാവലിയ അരുണാചല പരമാത്മൻ അരുണോഭവ ചിത്തകുജസുവിസാ ്യരുചലസർം ഭൂ സ്ഥിവാ പ്രലീനമേതം ഹൃദ്യഹിത്മതയാർത്യസി ഭോ തേ വൃദയം നാമ അഹമിതി കൂത ആയാന്വിഷ്യന്ത പ്രവിഷ്ടയാമലധിയം അവഗമ്യസ്വം ം ശാമ്യരുണാചലദീവാധൗ തഷയം ബാഹ്യം രുദ്ധപ്രാണേന രുദ്ധമനസാ തയൻ പശ്യതി യോഗീതി അരുണാചലത്യ മഹീയം തേ ർപ്പനസം പശ്യൻ സർവൃതിയാതും ഭജത്തെ അനന്യീതജയത്രുണാ ചല ത്വസുഖേ മഗ്ന ഹൃദയകുഹരമധ്യേ കെയലം ബ്രഹ്മമാത്രം ഹ്യഹമഹ സാക്ഷാ ആത്മരുപേണ ഭാതി ഹൃദി വിശമനസാ സ്വൺവതമ്ജതാ പവനച്ചലന രുധാത്മനിഷോ യജ്ജാതം ജഗത്സവം യന്നേവ പ്രലീയത്തെ ഏനേദം ധാരയത്തെ ചൈവ തസ്മൈ ജാത്മനേ നമ ശോണപ്രഭം സോമകലാവതംസം പാണിസ്ഫുരത് പഞ്ചസരിക്ഷുചാ പ്രണപ്രിയം നൌമി പിന്നകേ കോണത്രയസ് കൂലദൈവതം ന ാമീനലേഖാലുന്തളാ ഭസന്ർവാപണസുധാനീം ചൂടോത്തംസിതചാരുക്കലി ചഞ്ചക്ഷി കാസ്വരോ ലീലാദഗവിലോലകുരൻ അന്തസ്ഫൂർതപാരമോഹതിരപ്രാഗ്ഭാരുച്ഛാടയ ചേത്സോന വിജയത്തെ ജാനപ്രദീപോഹര ശാരദാരദോജവദുജേസ്മാക്കും സധി സിധി കിയാത് രാ കാചന്ദ്രസമാനക്കാതിവദ नाकादिराजस्तुताम നക്കാജിരാജസ്തു മൂക്കാമപരധുനീനീക്കാശവാൈഭവം ശ്രീകാച്ചീനഗരീ വിഹാരരസി ശോകാഹന്ത്രീ സദാ ഏകാ പുണ്യപരംപരാ പശുപത്തെ ആകാരണീ രാജത്തെ യോക് പ്രവിശ്യമമവാചയിമാസുപത സഞ്ജീവയഖിലശക്തിധരസ്വധ അനിയംശഹസ്തരണത്ഗാദീൻ പ്രാണന്നോ ഭഗവത്തെ പുരുഷാഭ്യം പാർയ പ്രതിബോധിത നാരായണേന സ്വയം വ്യാസേന ഗ്രഥിതം പുരാണമുനി മധ്യേ മഹാഭാരതം അദ്വൈതമൃതവർഷി ഭഗവത്തധ്യ നമോസ്തുവ്യ സുദ്ധി ഫുൽവിന് തേത്ര ഏന യാറപൂർണ പ്രജ്വാലി प्रज्वालितो പ്രദീപ പ്രപന്നപാരിയാത്രവേത്രൈകണേ ഗീതൃതുഹേനോപനിഷദോ ഗാവോ ദുഗ്ധാഗോനന്ദനഃ പാർ വത്സുധീർഭോക്തഗ്ധീതമൃതം മഹത് വസുദേവസുതം കംസചാണൂരമർദനം ീ പരമാനന്ദം കൃഷ്ണം വന്ദേ ജഗദ്ഗുരു മൂക്കം കരതി വാചാ പങ്കും ലംഘയത്തെ ഗിരി യത്കൃപാതമഹം വന്ദേ പരമാനന്ദമാധവം യം ബ്രഹ്മാവരുണേന്ദ്രദ്രമരുദ സ്തുവ്യൈ സ്തൈ വേദസ്രമോപനിഷൻ ദ്ഗത്തെ നനസം പശ്യം യോഗിനോ യം നദുസുരാഗണ പാർസാരഥിണ ശ്രാവയ ശുഭിം പാർയാർത്തിഹരോ ദൂർത്തി സ പാതുന ശ്രീമദ് ഭാഗവതത്തിലും ഏകാദശ സ്കന്ധത്തില് നമ്മള് കൊച്ചിയിൽ വെച്ച് തന്നെ കണ്ട ഭാഗമാണ് നവയോഗികളോട് ഭാഗവത ധർമ്മം എന്താണ് എന്ന് ചോദിക്കാം അപ്പോ ഒറ്റ ശ്ലോകത്തിലാണ് ഉത്തരം എല്ലാവർക്കും അറിയണ ശ്ലോകമാണ് നമുക്ക് എന്തെങ്കിലുമൊക്കെ ശ്ലോകം അറിയുന്ന വെച്ചാൽ ഈ ശ്ലോകം അറിയാതിരിക്കില്ല കായീനവാച മനസേന്ദ്രിയർവ ബുദ്ധ്യാത്മനാവ പ്രകൃതയസ്വഭാവ കരൂമി അദ്യത് സകലം പരസ്മൈ നാരായണായി സമർപ്പയാമി അവിടെ അതൊരു ആദേശമായിട്ട് സമർപ്പയേത്തത് എന്ന് ഉപദേശം ഇവിടെ സമർപ്പയാമി എന്നാണ് കായനെ ശരീരം കൊണ്ട് വാക്കുകൊണ്ട് മനസ്സുകൊണ്ട് ഇന്ദ്രിയങ്ങൾ കൊണ്ട് എന്തൊക്കെ ചെയ്യപ്പെടുന്നു അതൊക്കെ നാരായണനെ സമർപ്പിക്കുക എന്ന് വെച്ചാൽ എന്നുവെച്ചാൽ ഭഗവാനെ കോൺഷ്യസ് ആയിട്ട് ഇരിക്കുക ഭഗവാനാണ് കർത്ത ഭോക്ത ഞാനല്ല എന്ന് അഭിമാനം ഉദിക്കാൻ അനുവദിക്കാതിരിക്കുക അതാണ് സമർപ്പണം ഭഗവത്ഭാവം ഉള്ളിലുണ്ടെങ്കിൽ അഭിമാനം ഉദിക്കില്ല അഭിമാനം ഉദിക്കുമ്പോൾ ഭഗവത്ഭാവം പോയി പോകും അഭിമാനം ഉദിക്കുമ്പോ അഖണ്ഡമായ പ്രജ്ഞ ഖണ്ഡിക്കപ്പെടും ഏകദേശീയ സത്ത ഉണ്ടാവും ലോക്കലൈസ്ഡ് എക്സ്പീരിയൻസ് ഓഫ് വൺ സെൽഫ് ഈസ് ബോൺ The moment you know yourself as an ego, as a person. Then, that very moment the infinity of awareness is cut. Apatane, yanu ori vyakti aitut irunnu, ori ala aitut irunnu, ahankaram aitut irunnu. അഭിമാനം എടുത്തു ആ അഭിമാനം അസ്മിത ഭഗവത് അർപ്പണം ചെയ്യുമ്പോൾ പ്രപത്തി ധർമ്മം പ്രപത്തി എന്ന് വെച്ചാൽ ശരണാഗതി ശരണാഗതി ചെയ്യുമ്പോ ശരണാഗതി എന്നുള്ളതൊരു പ്രത്യേക കർമ്മമല്ല ഭഗവത് സ്മരണ ഉണ്ടാവുമ്പോ ശരണാഗതി താനേ ഉണ്ടാവും ശരണാഗതി ചെയ്യാൻ എന്താ വിരോധം ഭഗവാൻ ഇന്നലെ പറഞ്ഞു നമാം ദുഷ്കൃതിനോ മൂഢാ പ്രപത്യന് രാധമായയാ അപഹൃതജ്ഞാന ആസുരം ഭാവം ആശ്രിത ദുഷ്കർമ്മത്തിന്റെ ആഫ്റ്റർ എഫക്റ്റാണ് താമസ അഹങ്കാരം അത് ഞാൻ വിട്ടുകൊടുക്കില്ല എന്ന് പറയും ന പ്രപത്തിയേ നരാധമാഹ പ്രപത്തി ചെയ്യുന്നവരെങ്ങനെയൊക്കെ പ്രപത്തി ചെയ്യും ചിലര് അവർക്ക് എന്തെങ്കിലും വിഷമം വരുമ്പോ ശാരീരികമായിട്ടുള്ള വിഷമം വരുമ്പോ പ്രപത്തി ചിലര് ജ്ഞാനത്തിനു വേണ്ടി പ്രവൃത്തി ചെയ്യും ചിലര് ധനം കിട്ടാൻ വേണ്ടി സമ്പത്ത് കിട്ടാൻ വേണ്ടി പ്രവൃത്തി ചെയ്യും ചിലര് വേണ്ടി ഭഗവത് വേണ്ടി പ്രവർത്തി ചെയ്യും ജ്ഞാനം കൊണ്ട് പ്രപത്തി സ്വീകരിക്കും ഈ നാല് വിധത്തിലുള്ളവരെയാണ് ഭഗവാൻ ആർത്തോ ജിജ്ഞാസുഹു അർത്ഥാർത്ഥി ജ്ഞാനീച്ച് ഒരാൾക്ക് അയാളുടെ ശാരീരികമായ വിഷമമോ വേദനയോ രോഗമോ കുടുംബത്തിലുള്ള ബുദ്ധിമുട്ടോ ആണ് അയാളെ അധ്യാത്മമാർഗത്തിലേക്ക് വരാനും ഈശ്വര ശരണനാവാനും പ്രേരിപ്പിക്കുന്നത് ഉദാഹരണം പറഞ്ഞാൽ പുരാണത്തിൽ ഉദാഹരണം അതിനൊരു എക്സാമ്പിൾ നമുക്ക് കിട്ടുന്നത് ഒരു ദൃഷ്ടാന്തം കിട്ടുന്നത് ഗജേന്ദ്രനെ പോലെ ആ ആന വെള്ളത്തിൽ മുതലെ പിടിച്ചു ആന എന്നുള്ളത് തന്നെ സുഖബ്രഹ്മ മഹർഷി ഭാഗവതത്തിൽ പറഞ്ഞത് ബലവാനായ ഒരു മനുഷ്യനെ കാണിക്കാനാണ് ഒരാനയാണല്ലോ മൃഗങ്ങളിൽ ഏറ്റവും ബലമുള്ളത് അപ്പൊ ഏറ്റവും ബലവാനായ മനുഷ്യന് പോലും ഒരു ഘട്ടം വരുന്നു തന്റെ ബലവും പ്രയോജനമില്ല തന്റെ കൂടെയുള്ളവരുടെ സഹായവും പ്രയോജനപ്പെടില്ല എന്നാണ് അവനവനുള്ള പവർ കഴിവൊക്കെ പരാജയപ്പെട്ടു തന്റെ കൂടെയുള്ളവരൊക്കെ സഹായിച്ചിട്ടും തനിക്ക് ആ പിടിയിൽ നിന്ന് വിമുക്തമാവാൻ കഴിയാതെ വരുമ്പോ അപ്പോ ഇയാള് ഭക്തി ഉണ്ടാക്കിയതല്ല ഇയാളുടെ അഹങ്കാരത്തിന്റെ മേലെ ഇരിക്കുന്ന പിടി താനേ വിട്ടുപോകുന്നു പ്രകൃതി അല്ലെങ്കിൽ ഭഗവാന്റെ ശക്തി ഇയാളെ ഒരു സ്റ്റേറ്റിൽ കൊണ്ടുവന്ന് എത്തിക്കുകയാണ് ഇയാൾ വിചാരിച്ചിട്ട് ഒരു നിവൃത്തിയുമില്ല ഞാനൊരു ചുക്കുമല്ല എന്നുള്ളത് താനെ ഉള്ളിൽ അറിയാണ് ഇയാൾ പുസ്തകം വായിച്ചിട്ട് അറിയില്ല ആരെയും പറഞ്ഞു കേട്ടിട്ട് അറിയില്ല അല്ലെങ്കിൽ നമ്മളൊക്കെ സാധാരണ ജീവിതത്തിൽ പറയുമല്ലോ നമ്മളൊക്കെ വിചാരിച്ചിട്ട് എന്ത് കഴിയും ഒക്കെ ഭഗവാനാണ് നമുക്ക് പറയും അങ്ങനെയല്ല സിറ്റുവേഷൻ അയാളെ കൊണ്ടുവന്ന് എത്തിക്കുകയാണ് പ്രകൃതി അയാളോട് പറയാണ് ഈശ്വര ശക്തി അയാളോട് പറയാനോടോ താനൊന്നുമല്ല സ്റ്റേറ്റിലെത്തുമ്പോ ഉണ്ടാവുന്ന ശരണാഗതി പ്രപത്തി എ സറണ്ടർ വിച്ച് ഈസ് കമ്പൽഡ് കമ്പൽസറി സറണ്ടർ നമുക്ക് ഇത് ചിലപ്പോ ചിലപ്പോ വരും ചിലപ്പോ നമുക്ക് ജീവിതത്തിലൊരു വിഷമം വരുമ്പോ ബുദ്ധിമുട്ട് വരുമ്പോ ആരെങ്കിലും നമുക്ക് വേണ്ടപ്പെട്ട ഒരു കിടക്കുമ്പോ പണമില്ലാതാവുമ്പോ ഭഗവാനെ വരെ ഗതിയില്ല ഒക്കെ പറയും ആ സമയത്ത് ശരിക്കും ഭക്തി വരും അത് കള്ളമായ ഭക്തിയല്ല പക്ഷേ ആ ഭക്തി ഈ പായൽ നീങ്ങുമ്പോൾ വെള്ളം കാണുന്ന പോലെ കുറച്ച് നേരത്തേക്ക് വരും അത് ശരിയായ ഭക്തിയാണെന്ന് തന്നെയാണ് ഭഗവാൻ പറഞ്ഞത് തെറ്റായ ഭക്തിയെ കാരണം അങ്ങനെ പതുക്ക് പതുക്ക് വന്നിട്ട് വന്നിട്ട് വേണം നമുക്ക് നമ്മളുടെ അഭിമാനത്തിന്റെ മേലെയുള്ള വിശ്വാസം പോവാനും ഈശ്വരന്റെ കൃപയിലുള്ള രൂഢി അധികാവാനും പലപ്പോഴും ജീവിതത്തിൽ ഇങ്ങനെ ഉണ്ടായി ഉണ്ടായി ഉണ്ടായി തളർന്ന് തളർന്ന് തളർന്നിട്ടാണ് പലപ്പോഴും ഭഗവാനേ ഉള്ളൂ ഞാനില്ല എന്ന് അറിയാം അപ്പോ അതിന് ഈ ആർത്തഭക്തി കുറ്റം പറയാനേ പാടില്ല രോഗിയായിട്ടാണ് ഭഗവാന്റെ അടുത്ത് പോണതെങ്കിൽ പോട്ടെ ലൗകികമായ എന്തെങ്കിലും വിഷമുണ്ടായിട്ടാണ് പോണതെങ്കിൽ പോട്ടെ അതൊരു സ്റ്റേറ്റാണ് അത് താനേ സഞ്ജാതമാവുന്ന ഒരവസ്ഥയാണ് അയാൾക്ക് വേറെ ഒന്നും ആലംബമില്ല എന്ന് തൽക്കാലത്തേക്ക് മനസ്സിലാക്കുന്ന ഒരവസ്ഥയാണ് ചില മഹായോഗികളൊക്കെ പോലും അങ്ങനെ വന്നവരാണ് ഇന്നലെ പറഞ്ഞുവല്ലോ ആർത്തഭക്തന്മാരായിട്ട് വന്നവരാ നമ്മുടെ നാരായണിയും മുഴുവൻ ആർത്തഭക്തിയാണ് ഒരു വശത്ത് അങ്ങനെയല്ലാതെ ഭാഗവതം ഗീത ഇതൊക്കെ പഠിച്ച് ഉള്ളില് ഭഗവത് കൃപ സഞ്ജാത ആവുമ്പോ അധ്യാത്മഗ്രന്ഥങ്ങളിൽ ഒരു രുചി ഉണ്ടാവണം ഈ പുസ്തകമൊക്കെ വീട്ടിലുണ്ടെങ്കിലും തൊടാനേ തോന്നില്ല സമയമാവണ വരെ വാങ്ങിവെച്ചിട്ടൊന്നും കാര്യമില്ല യോഗവാസിഷ്ടത്തില് ഒരു ശ്ലോകമുണ്ട് യാവന്ന അനുഗ്രഹ സാക്ഷാത് ജായതേ പരമേശ്വരാത്ത് താവന്ന സദ്ഗുരും കശ്ചിത്ത് സത്ശാസ്ത്രം വാപ്പിനോ ലഭേത്ത് എന്ന് ഈശ്വരന്റെ കൃപ ഡയറക്റ്റ് ആയിട്ട് വരണം വരെ ഒരു സദ്ഗുരുവിനെയും കിട്ടില്ല സദ്ഗ്രന്ഥത്തിനെയും കിട്ടില്ല എന്നാണ് ആ ഗ്രന്ഥം വീട്ടിലുണ്ടാവും ഭാഗവത് ഉണ്ടാവും ഗീത ഉണ്ടാവും തുറക്കാൻ തോന്നുകയില്ല ഭഗവത് കൃപ ഉണ്ടാവുമ്പോഴാണ് മോക്ഷശാസ്ത്രത്തിലൊരു അഭിരുചി ഉണ്ടാവണത് ബ്രഹ്മവിദ്യയിലൊരു ജിജ്ഞാസ ഉണ്ടാവണത് തത്വജ്ഞാനത്തിലൊരു രുചി ഉണ്ടാവണത് ഞാൻ ആരാണ് എന്റെ സ്വരൂപം എന്താണ് ജീവിതത്തിന്റെ ലക്ഷ്യം എന്താണ് എന്തിന് ജനിച്ചു ജനനം മരണമെന്നുള്ള ചക്രത്തുനിന്ന് പുറത്തു പോകാൻ ചില വഴി വലതും എന്നൊക്കെ ഉള്ള ജിജ്ഞാസ ഉണ്ടാവലുണ്ടല്ലോ അത് ഭഗവത് കൃപയുടെ മാനിഫെസ്റ്റേഷനാണ് ഇപ്പോ നാല് വിധത്തിലുള്ള ഭക്തി എന്ന് പറയുന്നതിനേക്കാളും നല്ലത് നാല് വിധത്തിലുള്ള ആവിർഭാവം എന്ന് വേണം പറയാൻ ചിലർക്ക് കൃപ ഉണ്ടാവണത് ബുദ്ധിമുട്ടുകൾ ചിലർക്ക് ജിജ്ഞാസയുടെ രൂപ രൂപത്തിലാണ് ഉള്ളില് തത്വജിജ്ഞാസയുടെ രൂപത്തില് ഈ എന്താണ് ഈ അധ്യാത്മികം ഈ പുസ്തകത്തിന്റെ ചുറ്റുമൊക്കെ ഇങ്ങനെ വട്ടം കുറിഞ്ഞു നിൽക്കും ഈ പലഹാരക്കടയിൽ ഈച്ച പോലെ നല്ല പുസ്തകങ്ങളുടെ ചുറ്റുമൊക്കെ ഇങ്ങനെ വട്ടം കൂടി നിൽക്കും അതൊക്കെ വാങ്ങി വായിക്കാൻ തോന്നും മെഡിറ്റേഷൻ യോഗ അതിലൊക്കെ എന്തോ ഒരു രുചി തോന്നും ഇങ്ങനെയൊക്കെയാണ് തുടങ്ങാം എന്തിനാന്നറിയില്ല കൃപയാണ് എവിടെ നിൽക്കോ നിങ്ങൾ മെനക്കിട്ട് സത്സംഗത്തിനായിട്ട് വന്നിരിക്കണു അല്ലേ കൊച്ചിയിലുള്ളവർ മാത്രമല്ല എവിടെ നോക്കിയോ മഴയത്ത് ട്രെയിൻ പിടിച്ചു പോരാൾ എവിടെ നിക്കെയോ വരണ്ട് ദൂരത്തു നിക്കോ വരുന്നു കഷ്ടപ്പെട്ട് വരണം അത് അവരെ ശ്ലാഘനം ചെയ്യാൻ വേണ്ടിയിട്ടോ വാഴ്ത്താനോ അല്ല പറയണത് ആ എന്ത് ഫോഴ്സാണോ ആ ശരീരത്തിനെ തള്ളിപ്പിടിച്ചു കൊണ്ടുവരണത് ഇറ്റ് ഈസ് നോട്ട് വാട്ട് യു ടേക്ക് അസ് മൈൻഡ് അത് മനസ്സല്ല ഒരു ജിലേബി വാങ്ങിക്കാൻ പോകുന്ന ആഗ്രഹമുണ്ടല്ലോ അത് മനസ്സാണ് സിനിമ കാണാൻ പോണതുണ്ടല്ലോ മനസ്സാണ് പക്ഷെ അധ്യാത്മമായിട്ടുള്ള ഒരു മൂമെന്റും മനസ്സിന്റെ മണ്ഡലത്തിൽ നല്ല പക്ഷെ നമുക്ക് മനസ്സും അതും കൂടെ വേർപിരിച്ചറിയാൻ ഉള്ള ശക്തി ഇല്ലാത്തത് കൊണ്ട് നമ്മൾ എന്ത് ധരിക്കും എനിക്ക് തോന്നി അതുകൊണ്ട് ഞാൻ വന്നു എന്നേ നമ്മൾ പറയുള്ളൂ കുറെ കഴിയുമ്പോൾ നമുക്ക് മനസ്സിലാവും ഇത് രണ്ടിനും തമ്മിൽ വലിയ വ്യത്യാസമുണ്ട് ലൗഖികമായ ഒരു ആഗ്രഹത്തിനും ഈ ഫോഴ്സിനും സ്വഭാവത്തിൽ തന്നെ വലിയ വ്യത്യാസമുണ്ട് ഈ ഫോഴ്സ് നമ്മളുടെ മനസ്സ് എന്ന് പറയുന്ന തലത്ത് നിന്ന് തന്നെ അല്ല വരണത്തെന്ന് അറിയാം അതിനെയാണ് നമ്മള് ജിജ്ഞാസു എന്ന് ഭഗവാൻ ഇവിടെ പറഞ്ഞത് ഇനി അർത്ഥാർത്ഥി ജിജ്ഞാസുവിനെ ഇന്റലക്ച്വൽ ജിജ്ഞാസു എന്ന് പറയാം അർത്ഥാർത്ഥി എന്ന് പറഞ്ഞാൽ മുമുക്ഷു എന്ന് പറയാം അർത്ഥാർത്ഥി എന്ന് വെച്ചാൽ പണത്തിനു ആഗ്രഹിക്കുന്നു എന്നുള്ളത് നമ്മൾ ഇന്നലെ തന്നെ പിരിച്ചുവിട്ടു പരമപുരുഷാർത്ഥാർത്ഥി അതായത് എനിക്ക് അബ്സലൂട്ട് ഫ്രീഡം ആ ജീവൻ മുക്തി തത്വജ്ഞാനം എന്ത് പേര് പറയണോ അത് വേണം സംസാര നിവൃത്തി വേണം ദുഃഖ നിവൃത്തി വേണമെന്ന് തീരുമാനിക്കുകയാണ് അതിനായി അയാൾ എന്തും ഉപേക്ഷിക്കാൻ തയ്യാറാണ് തലയ്ക്ക് തീ പിടിച്ചവൻ വെള്ളം അന്വേഷിച്ചു പോകുന്ന പോലെ സത്യാന്വേഷണം ചെയ്യും അതാണോ ഉദാഹരണം ശാസ്ത്രകാരന്മാര് കൊടുക്കണ ഉദാഹരണമാണ് തലയ്ക്ക് തീ പിടിച്ചാള് വെള്ളം എങ്ങനെ അന്വേഷിക്കുമോ അതുപോലെ എന്നാണ് നമ്മള് ഞങ്ങൾ ഇത്ര കാലമായിട്ട് ഇതിലൊക്കെ പ്രവർത്തിക്കണമല്ലോ ഞങ്ങൾക്കൊന്നും കിട്ടിയില്ലല്ലോ എന്ന് ചിലർ ചോദിക്കണ്ട അപ്പോ നമ്മളോട് തന്നെ നമ്മൾ ചോദിച്ചോളാം തലയ്ക്ക് തീ പിടിച്ച പോലെ അന്വേഷിച്ചിട്ടുണ്ടോ തലയ്ക്ക് തീ പിടിച്ചാൽ എങ്ങനെ വെള്ളം അന്വേഷിക്കും അതുപോലെ അല്ലേ തലയ്ക്ക് തീപിടിച്ചാൽ ം കഴിഞ്ഞിട്ട് രാത്രി പോയി വെള്ളം അന്വേഷിച്ചോളാം നിക്കുവോ നീന്താൻ അറിഞ്ഞിട്ടില്ലെങ്കിൽ പോലും കുളത്തിച്ചാടും അല്ലെ എങ്ങനെയെങ്കിലുമൊക്കെ പോയി ഇവിടെ കൊളത്തിച്ചാടും എന്താ പ്രദീപ്തശിരഹാ ജലരാശിമിവ സമിപ്പാണിഹി ശ്രോത്രിയം ബ്രഹ്മനിഷ്ഠം ഉപഗ്രദ്ത ശിരഹ ജലരാശിമിവ തലയ്ക്ക് തീപിടിച്ചവനാണ് പ്രദീപ്തശിരഹ അങ്ങനെയുള്ളവൻ ജലരാശിമിവ ജലമന്വേഷിക്കുന്ന പോലെ ഈ പരമാർത്ഥത്തിനെ സത്യത്തിനെ അന്വേഷിക്കണം അന്വേഷിക്കാൻ കാരണം എന്താ തലയ്ക്ക് തീപിടിച്ചതിനേക്കാൾ സീരിയസ് ആണ് ബുദ്ധൻ പറയണുണ്ട് കപിലവസ്തുവിൽ നിന്നും പുറപ്പെട്ട് ഊരുപില്ുവത്തിലേക്ക് പോകുമ്പോ വഴിയിൽ വെച്ച് ബംബിസാറിനെ കാണുമ്പോ രാജാവ് ചോദിക്കുന്നുണ്ട് എന്തിനാ രാജകുമാരൻ നല്ല സ്വസ്ഥമായ രാജ്യം ഇതൊക്കെ വിട്ട് എന്തിനാ ഈ പ്രാന്ത് പിടിച്ച പോലെ അന്വേഷിച്ച് നടക്കണത് സുഖമായിട്ടിരുന്നൂടെ എന്തിനാ ഇങ്ങനെയൊക്കെ അലഞ്ഞു നടക്കണത് എന്ന് ചോദിച്ചു ബിംബി സാറ് അപ്പൊ പറഞ്ഞു എനിക്കും സുഖമായിട്ടിരിക്കണമെന്ന് തന്നെ ആശ പക്ഷെ ഞാൻ കണ്ടെത്തിയിരിക്കുന്നു നല്ല വസ്ത്രം കൊടുക്കണം അപ്പൊ നമ്മൾക്ക് ധരിക്കണത് എന്താന്ന് സോഷ്യൽ സർവീസ് ഒരു നല്ല കാര്യമാണെന്നാണ് അല്ലേ അതുകൊണ്ട് വി ആർ ഗിവിംഗ് റിലീഫ് ടു അതേഴ്സ് എന്ന് നമുക്കൊരു ധാരണയുണ്ട് നമ്മൾ കുറച്ച് ചെയ്താൽ നമുക്കൊരു ബെനിഫിറ്റ് ഉണ്ടാവും വസ്ത്രമില്ലാത്തവർക്ക് വസ്ത്രം കൊടുത്ത് ഭക്ഷണമില്ലാത്തവർക്ക് ഭക്ഷണം കൊടുത്ത് ബുദ്ധിമുട്ടുന്നവർക്ക് സഹായമൊക്കെ കൊടുത്ത് ഇന്റിമേറ്റായിട്ട് നിങ്ങൾ അടുത്തു നിന്നാൽ കുറച്ച് കഴിഞ്ഞ് വളരെ ഇൻറ്റിമേറ്റായിട്ട് നിങ്ങൾ പഴകിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും വി ആർ നോട്ട് റിയലി ഗിവിംഗ് വാട്ട് ദോണ്ട് അത് അപ്പോഴേ മനസ്സിലാവുള്ളൂ ഇപ്പം നമുക്ക് മനസ്സിലാവില്ലേ എന്താണെന്ന് വെച്ചാൽ നമുക്ക് സർഫസിൽ ഇതൊക്കെയാണ് നമ്മളുടെ നെസസിറ്റി ആനന്ദമഹിമാവിന്റെ ഒരു ശിഷ്യൻ ഒരു ഒരു വെള്ളക്കാരനാണ് മദർ തെറേസാവിനെ കാണാൻ പോകേണ്ടത് അവർ വലിയ നല്ല കാര്യങ്ങളൊക്കെ ചെയ്യണമല്ലോ എന്ന് പറഞ്ഞാൽ അവരെടുത്ത് പോകുമ്പോ ആ അമ്മ പറഞ്ഞു അത്രേ ഞാൻ എല്ലാവർക്കും രോഗ വസ്ത്രവും ഭക്ഷണവും ഒക്കെ കൊടുത്തു ബട്ട് അലാസ് ഐ സീ ദർ ഇൻ നീഡ് ഓഫ് സ്പിരിച്വൽ ഫുഡ് വിച്ച് ഐ ആം നോട്ട് ഏബിൾ ടു ഗിവ് ദർ നോട്ട് ഇൻ നീഡ് ഓഫ് ദി സർഫസ് തിങ്സ് ബട്ട് എന്നെ കൊണ്ട് കഴിയുന്നത് ഞാൻ അവർക്ക് ചെയ്യാണ് ചെയ്ത് കഴിയുമ്പോഴാണ് ഞാൻ അവരെ അടുത്തറിയുമ്പോഴാണ് മനസ്സിലാവണത് അവർക്ക് വാസ്തവത്തിലുള്ള ആഗ്രഹം എന്നെ കൊണ്ട് സപ്ലൈ ചെയ്യാൻ പറ്റണില്ല എന്നാണ് അപ്പൊ മനുഷ്യന്റെ ഉള്ളിലുള്ള ഏറ്റവും വലിയ ദാഹം അപ്പൊ തലയ്ക്ക് തീ വലിയൊരു നെസസിറ്റി ബുദ്ധൻ ഭരണത്ത് എതി ജന്മജരാമരണം ഭവേത് എതി ഇഷ്ടവിയോഗ ഭയം നവേത് എതി സർവമനിത്യമിതം നവേത് ഇഹ ജന്മനി കസ്യത തിർന്നവേത് ഇവിടെ നേടിയെടുക്കുന്നതൊക്കെ നഷ്ടപോപ്പെട്ടു പോവില്ലായിരുന്നുവെങ്കിൽ എന്റെ യൗവനം നഷ്ടപ്പെട്ടു പോവില്ലായിരുന്നുവെങ്കിൽ എന്റെ ശരീരത്തിന് ഒരു സൂക്കേടും വരില്ല എന്ന് ഉറപ്പുണ്ടെങ്കിൽ എനിക്കേറ്റവും ഇഷ്ടപ്പെട്ട എന്റെ ഭാര്യ എന്റെ കുട്ടി എന്റെ ബന്ധുക്കൾ മരിച്ചു പോവില്ലെങ്കിൽ എന്റെ മുമ്പിൽ മരണമില്ലായിരുന്നുവെങ്കിൽ എനിക്ക് വാർദ്ധക്യമില്ലായിരുന്നുവെങ്കിൽ ഞാൻ സുഖമായിട്ട് സ്വർണ്ണക്കട്ടിൽ കിടന്നുറങ്ങാം ഇതൊക്കെ നിങ്ങൾക്ക് ഗ്യാരണ്ടി തരാൻ പറ്റുമോ എന്ന് കണ്ടവൻ ആണ് അർത്ഥാർത്ഥി അവൻ മുമ്പിൽ കണ്ടിരിക്കുന്നു അതുകൊണ്ട് പരമപുരുഷാർത്ഥം ഈ പ്ലെയിനിലില്ലെന്നും പരമപുരുഷാർത്ഥം ഒന്നും ഉണ്ടെന്നും അതിനെ ജ്ഞാനം കൊണ്ടേ അറിയാനൊക്കുകയുള്ളൂ എന്നും അറിഞ്ഞിട്ടാണ് കൈകൂപ്പിക്കൊണ്ട് തത്വജ്ഞാനിയായ ഗുരുവിന് ശരണാഗതി ചെയ്യുന്നത് ആ പരമപുരുഷാർത്ഥം കർമ്മസാധ്യമല്ല അനുഷ്ഠാന സാധ്യമല്ല വിചാരം കൊണ്ട് മാത്രമേ കിട്ടുള്ളൂ എന്ന് അറിയുന്ന ഒരു സ്റ്റേറ്റ് വരുമ്പോഴാണ് അയാള് യഥാർത്ഥ മുമുക്ഷു ആവണത് അപ്പോഴാണ് ഇയാൾ തത്വജ്ഞാനത്തിന് അധികാരിയുമാവണത് അയാള് അർത്ഥാർത്ഥിയാണ് അവസാനം ഭഗവാൻ പറഞ്ഞു ഗുരുമുഖത്ത് നിന്നും തത്വശ്രവണം ചെയ്ത് വിചാരം ചെയ്ത് ഞാൻ ശരീരമോ മനസ്സോ ബുദ്ധിയോ അഹങ്കാരമോ ഒന്നുമല്ല നിത്യശുദ്ധ ബുദ്ധമുക്ത സ്വഭാവമായ ആത്മാവാണെന്ന് തന്റെ സ്വരൂപത്തിനെ അറിഞ്ഞ് ആ സ്വരൂപത്തിൽ നിന്ന് അന്യമായി ജഗത്തോ ജീവനോ ഈശ്വരനോ ഒന്നും തന്നെ തൻ്റെ യഥാർത്ഥ സ്വരൂപത്തിൽ നിന്ന് അന്യമായില്ലെന്ന് അറിഞ്ഞ് അന്യമായിട്ടുള്ളത് മുഴുവനും കടന്നവൻ ജ്ഞാനിയാണ് അവൻ ഈശ്വരനോട് ഐക്യം പ്രാപിച്ചവനാണ് ബ്രഹ്മാത്മൈക്യബോധം അവനെ ഭഗവാൻ പറഞ്ഞു ജ്ഞാനീതു ആത്മൈവമേ മതം ബാക്കിയുള്ളവരൊക്കെ ശ്രേഷ്ഠരാണ് ഈ സ്പിരിച്വൽ ഫ്ലെയിം സ്പാർക്ക് അത് കുറച്ച് വരണത് വലിയ കാര്യമാണ് ബട്ട് ദ അൾട്ടിമേറ്റ് കോൺഫ്ലഗ്രേഷൻ വെർ നത്തിങ് എക്സിസ്റ്റ് അപ്പാർട്ട് ഫ്രം ദ സെൽഫ് ചെറിയൊരു ഒരു തീപ്പൊരി പോലെയാണ് നമുക്ക് എന്തെങ്കിലും കമ്പലത്തിൽ പോകുമ്പോൾ ഇങ്ങനെ ഒന്ന് തൊഴാൻ തോന്നണത് തന്നെ ഒന്ന് നമസ്കരിക്കാൻ തോന്നണത് തന്നെ ഒരു വലിയ കൃപയാണ് ഒരു സദ്ഗ്രന്ഥം വായിക്കാൻ തോന്നണത് തന്നെ ഒരു വലിയ അനുഗ്രഹമാണ് ഭാഗവത്തിൽ ഒരിടത്ത് ഏകാദശത്ത് തന്നെയുണ്ട് വായിക്കാൻ തോന്നിയിട്ടില്ലെങ്കിലും വായിക്കുന്നവരെ കണ്ട് ഒരു ആദരവ് തോന്നണത് തന്നെ ഒരു കൃപയാണെന്നാണ് ഒരു ബഹുമാനം തോന്നണത് ഒരു കൃപയാണ് പക്ഷേ ഇതിൻ്റെ ഒക്കെ ലക്ഷ്യമാണ് താൻ തന്നെ സത്യം അറിഞ്ഞ് താൻ തന്നെ തത്വമറിഞ്ഞ് താൻ തന്നെ അത് തന്നെയായി തീരുന്നത് അപ്പോ അങ്ങനെയുള്ള ആളെ ഭഗവാൻ പറഞ്ഞു അയാളും ഞാനും വേറെയല്ല ഞാൻ ജ്ഞാനിയാണ് ജ്ഞാനി ഞാനാണ് ഭഗവാനെ രൂപത്തിൽ കാണണമെങ്കിൽ ജ്ഞാനികളിലേ കാണാൻ ഒക്കു അവരുടെ ശരീരം തന്നെ ആലയമാണെന്നാണ് തമിഴില് തിരുമൂലർ പാടി ഉള്ളം പെരും കോയിൽ ആലയം വള്ളർപ്രാണാർക്ക് വായ് ഗോപുരവാസൽ തള്ള തെളിന്നാർക്ക് ജീവൻ ശിവലിംഗം കള്ളപ്പുലൻ ഐമണി വിളക്കേ ഉള്ളം പെരും കോയിൽ ആലയം ഈ ശരീരം തന്നെ ആലയം കോ തെള്ളത്തെളിന്താർക്ക് എന്നാണ് നല്ലവണ്ണം തെളിഞ്ഞവന് അവന് എന്താ കിട്ടിയ നല്ലവണ്ണം തെളിവ് ക്ലാരിറ്റി അബ്സലൂട്ട് ക്ലാരിറ്റി തെള്ളത്തെളിന്താർക്ക് ജീവൻ ശിവലിംഗം അവിടെ ജീവൻ അവിടെ ശിവലിംഗമാണെന്നാണ് വായ് അവരുടെ വായി തന്നെ ഭഗവാനെ കാണാനുള്ള വഴി ബൃഹദ്വദേമ സുവീരാ ത്വയാദുഷ്ട ഋഷിർഭവതി ദേവി മേധാസൂക്തം വേദം പറയുന്നു ജ്ഞാനം തെളിഞ്ഞു കഴിയുമ്പോ ബൃഹത്വദേമ ബ്രഹ്മവിദ്യയെ തെളിഞ്ഞ് അറിയാനും പറയാനും ഒക്കെ ആ വായി കാരണമായതുകൊണ്ട് അത് ഗേറ്റ് അപ്പൊ ഞാനിയേ ഭഗവാൻ തന്റെ തന്നെ സ്വരൂപമായിട്ട് പറഞ്ഞു വീണ്ടും സ്തുതിക്കാണ് ആട്ടെ ഇപ്പൊ ഞാനൊക്കെ ഇപ്പൊ നമുക്ക് സാധിക്കുമോ എപ്പോഴാ കിട്ട അടുത്ത ശ്ലോകം നോക്കൂ ബഹൂനം ജന്മനത്തെ ജ്ഞാനവാൻ മാം പ്രപദ്ധ്യത്തെ വാസുദേവിതി സമഹാത്മാർലഭവാൻ ജ്ഞാനിയെ ലക്ഷണം പറയാ ജ്ഞാനിയുടെ അനുഭവം എങ്ങനെയാ വാസുദേവസർവമിതി ബഹൂനാം ജന്മനാം അതേ ജ്ഞാനവാൻ മാം പ്രപദ്യത്തെ വാസുദേവസർവമിതി ജ്ഞാനം കൊണ്ടുണ്ടാവുന്ന പ്രപത്തി ഉണ്ടല്ലോ അതാണ് പ്രപത്തിയുടെ ഏറ്റവും ശ്രേഷ്ഠമായ ഭാവം അർത്ഥം കൊണ്ടല്ല അർത്ഥാർത്ഥിയായിട്ടല്ല പുരുഷാർത്ഥാർത്ഥിയായിട്ടല്ല ജിജ്ഞാസുവായിട്ടല്ല ജ്ഞാനം കൊണ്ട് അറിവുകൊണ്ടുണ്ടാവുന്ന ശരണാഗതി ഞാൻ ആരാണ് എന്റെ സ്വരൂപം എന്താണ് എന്ന് വിചാരം ചെയ്ത് ഞാൻ എന്നുള്ളതിൻറെ സ്വരൂപത്തിനെ ഉണ്മയായ സ്വരൂപത്തിനെ വാസുദേവസ്വരൂപം എന്നറിയുന്നതാണ് ജ്ഞാനവാൻ പ്രപദ്ധ്യത നതു ജിജ്ഞാസുഹു നതു അർത്ഥാർത്ഥിഹി ർത്തേന പ്രപത്തി ജ്ഞാനം കൊണ്ടുണ്ടാവുന്ന പ്രപത്തി ത്രൂ ക്ലിയർ അണ്ടർസ്റ്റാൻഡിംഗ് യു സറണ്ടർ ആൻഡ് ദാറ്റ് സറണ്ടർ ഇസ് കംപ്ലീറ്റ് അത്തരത്തിലുള്ള ശരണാഗതിയെ ജ്ഞാനവാൻമാം പ്രപത്യത്തെ ബഹൂനാം ജന്മനാമത്തെ ബഹൂനാം ജന്മനാമന്ത് നമ്മൾ ഇപ്പോ മുതൽക്ക് ഇനി ജന്മങ്ങൾ കണക്ക് കൂട്ടണമെന്ന് പറഞ്ഞിട്ടല്ല ഇപ്പം നമ്മൾ വന്നിട്ടുണ്ടല്ലോ ജ്ഞാനശ്രവണം ഇത് തന്നെ എത്രയോ ജന്മങ്ങൾക്ക് ശേഷമാണത് കിട്ടുന്നത് ശ്രവണായാ ബഹുപെറിയോന ലഭ്യ ശൃണ്വന്തോ ബഹവോ എംന വിദ്യു ശ്രവണത്തിന് പോലും എത്രയോ ജന്മങ്ങൾക്ക് ശേഷമാണ് ബ്രഹ്മവിദ്യ ചെവിയിൽ വീണത് നമ്മൾ വിചാരിക്കും നോട്ടീസ് കിട്ടി അതുകൊണ്ട് വന്നതാണെന്ന് വിചാരിക്കും നോട്ടീസൊന്നും കിട്ടില്ല കിട്ടിയാൽ നിങ്ങളോട്ട് കാണൂല്ല ശരി ഞങ്ങൾക്ക് കേട്ടിട്ടിപ്പോ ഒന്നും മനസ്സിലാവണില്ലല്ലോ അതൊരു സ്റ്റേജാണ് ഫസ്റ്റ് കേട്ടിട്ട് മനസ്സിലാവില്ല മുമ്പ് പറഞ്ഞിട്ടുണ്ട് നാല് വിധത്തിലാണ് കേൾക്കുക ആദ്യം തമോ ഗുണ ശ്രോതാവാണ് അയാള് കേൾക്കാനിരിക്കും ഇങ്ങനെ കേട്ടുകൊണ്ടേ ഇരിക്കുമ്പോൾ ഉറങ്ങിപ്പോകും എന്താന്ന് വെച്ചാൽ കാരണം എന്താന്ന് വെച്ചാൽ നമ്മളുടെ മനസ്സിന് രണ്ട് കാര്യമേ അറിയുള്ളൂ ഒന്ന് ചിന്തിക്കുക അല്ലെങ്കിൽ ഉറങ്ങാം ശ്രദ്ധിച്ചിട്ടുണ്ടോ മനസ്സുണ്ടെങ്കിൽ ഈ മനസ്സ് രണ്ട് കാര്യമേ ചെയ്യുള്ളൂ ഒന്നിൽ ചിന്തിക്കും അല്ലെങ്കിൽ ഉറങ്ങും ചിന്തയിൽ നിന്ന് പിൻവലിപ്പിക്കൂ ഉറങ്ങും ചിന്തിക്കുന്നത് നിർത്താൻ ശ്രമിക്കൂ ഉറങ്ങിപ്പോകും മനസ്സിന്റെ നാച്ചുറൽ ടെൻഡൻസിയാണ് അത് അതുകൊണ്ടാണ് പലരും നാമജപത്തിനെ സ്ലീപ്പിംഗ് ടാബ്ലറ്റ് ആയിട്ട് ഉപയോഗിക്കുന്നത് രാത്രി ഇത്തിരി നാമം ജവിച്ചാൽ ഉറങ്ങി പോകുന്നതാണ് എന്താ ചിന്തിക്കണില്ലാ മനസ്സ് ചിന്തിച്ചിട്ടില്ലെങ്കിൽ മനസ്സിന് അടുത്ത പരിപാടി ഉറങ്ങാണ് നിദ്ര അതേപോലെ സത്സംഗത്തിലോ എന്തൊക്കെയോ ആത്മാ ബ്രഹ്മം സത്ത് ചിത്ത് ആനന്ദം നോക്കി പറയണു അങ്ങനെയെ കുറെ ഇരിക്കുക അതെ ഉറങ്ങുന്ന സ്റ്റേജ് എനിക്കിവിടെ ഇരുന്നാൽ നല്ലവണ്ണം മനസ്സിലാവും അവരിങ്ങനെയൊക്കെ നോക്കും എനിക്കറിയാം കുറച്ച് കഴിഞ്ഞാൽ ആ കണ്ണിന്റെ പ്രകാശമൊക്കെ മങ്ങും പതുക്കെ പതുക്കെ ഈ വോൾട്ടേജ് പോയ ബൾബ് പോലെ ഇങ്ങനെ പോവും അത് ഫസ്റ്റ് സ്റ്റേജാണ് അതേ ആളുകൾ കുറേ ദിവസം കണ്ടിന്യൂ ചെയ്ത് കഴിഞ്ഞാൽ പതുക്കെ പതുക്കെ പതുക്കെ പ്രകാശിക്കും പതുക്കെ തെളിയും സെക്കൻഡ് സ്റ്റേജ് എന്താന്ന് വെച്ചാൽ വിപരീതമായിട്ടൊക്കെ മനസ്സിലാക്കും ഒക്കെ മനസ്സിലാക്കും നമ്മൾ ഒരിക്കലും പറയാത്ത കാര്യങ്ങളൊക്കെ അവർ മനസ്സിലാക്കും മൂന്നാമത്തത് അവര് മനസ്സിലാക്കും എഴുതി വയ്ക്കും അറിയും മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കുക ഒക്കെ ചെയ്യും നാലാമത്തത് കേൾക്കുമ്പോ തന്നെ പതിരൊക്കെ കളഞ്ഞ് അതിന്റെ അനുഭവം പ്രത്യപിജ്ഞ അവർക്ക് തെളിവ് ഉണ്ടാവുള്ളിൽ ഇങ്ങനെ നാല് തരത്തിലുള്ള ശ്രോതാക്കളാണ് അപ്പോ നമ്മൾ ശ്രവണത്തിലേക്ക് വരുമ്പോ ഏത് ഈ നാലിലേത് സ്റ്റേജിലാണെങ്കിലും ബഹൂനാം ജന്മനാം കഴിഞ്ഞു അതുകൊണ്ട് ടേക്ക് ഇറ്റ് ഫോർ ഗ്രാൻറ്റഡ് നിങ്ങളിവിടെ വന്നത് കൊണ്ട് സ്തുതിക്കാൻ വേണ്ടി പറയല്ല ഇത് സത്യമാണ് സത്യമാണ് സത്യമാണ് പരമേശ്വരൻ മുരുകനു സുബ്രഹ്മണ്യനെ ഉപദേശിക്കുന്നതായിട്ട് ആഗമശാസ്ത്രത്തിലൊരു ഗ്രന്ഥുണ്ട് ആത്മസാക്ഷാത്കാര പ്രകരണം അവിടെ ശിവൻ പറയുന്നു സത്യം സത്യം സത്യം എന്ന് ശാത്രിനേൻ എന്നുവെച്ചാൽ ഇത് സത്യമാണ് സത്യമാണ് സത്യമാണെന്ന് ഇത് നിങ്ങൾക്ക് തോന്നിയാലും തോന്നിയിട്ടില്ലെങ്കിലും നിങ്ങൾ സ്വീകരിച്ചാലും സ്വീകരിച്ചിട്ടില്ലെങ്കിലും നിങ്ങൾക്ക് മനസ്സിലായാലും മനസ്സിലായിട്ടില്ലെങ്കിലും ഈ ബ്രഹ്മവിദ്യ സത്യമാണ് ഗീത ായ ഭഗവാൻ തന്നെ അതിനു പ്രമാണാണ് അതുകൊണ്ട് ബഹൂനാം ജന്മനാമന്ത് എന്നുള്ളതിന് നിങ്ങൾ വലിയ ഇമ്പോർട്ടൻസ് കൊടുക്കണ്ട അനേക ജന്മങ്ങൾക്ക് ശേഷമാണ് ഒരാൾ ഞാനിയാവണു എന്ന് ഗീതയിൽ പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് നമ്മളുടെ കാര്യമൊക്കെ കഷ്ടാണ് കേസെടുക്കാനില്ല എന്ന് പറയണ്ട രാമായണത്തില് സുഗ്രീ ശരണാഗതി ചെയ്യാനായിട്ട് വന്നു ശ്രീരാമന്റെ മുമ്പില് അപ്പോ വാനരപ്പട ഒരു മീറ്റിംഗ് കൂടി മീറ്റിംഗ് കൂടിയിട്ട് വിഭീഷണനെ സ്വീകരിക്കണമോ വേണ്ടയോ എന്നുള്ളതാണ് വലിയ ചർച്ച രാമൻ ചോദിച്ചു വിഭീഷണനെ എടുക്കണോ വേണ്ടയോ ഓരോ വാനരൻ ഓരോ അഭിപ്രായം പറഞ്ഞു ഒരാൾ പറഞ്ഞു പിടിച്ചു നിർത്തിയിട്ട് നല്ലവണ്ണം ചോദ്യം ചെയ്യാം നമ്മളുടെ പോലീസൊക്കെ ചെയ്യുന്ന പോലെ വേറെ ഒരാൾ പറഞ്ഞു ചോദിച്ചാൽ പഠിച്ച കള്ളനാണെങ്കിൽ എങ്ങനെയെങ്കിലുമൊക്കെ കള്ളം പറയും അതുകൊണ്ട് അയാളെ ചേർത്തിട്ട് പുറകെ ഒരു ചാരനെ നിയോഗിക്കാം ഇങ്ങനെ അവരവർ അവരവർക്ക് തോന്നുന്ന അഭിപ്രായമൊക്കെ പറയും അവസാനം സുഗ്രീവന്റെ അടുത്ത് ചോദിച്ചു ഭഗവാൻ സുഗ്രീവൻ പറയണം ചേർക്കാനേ പാടില്ല വിഭീഷണനെ സ്വീകരിക്കാനേ പാടില്ല എന്നൊന്ന് എന്താ സുഗ്രീവ അങ്ങനെ പറയണത് പിന്നെ യുദ്ധത്തിന്റെ നാല് ദിവസം മുമ്പ് സ്വന്തം ജ്യേഷ്ഠനെ തന്നെ ഒറ്റിക്കൊടുത്തുകൊണ്ട് ശത്രുവിന്റെ കൂടെ വന്ന് ചേരുന്ന ആളെ നമ്മളെങ്ങനെ വിശ്വസിക്കും അതുകൊണ്ട് സ്വീകരിക്കാൻ പാടില്ല എന്ന് പറഞ്ഞു സുഗ്രീവൻ അപ്പൊ ഭഗവാൻ ശ്രീരാമചന്ദ്രൻ ഒന്നുത്തരം പറയാതെ ലക്ഷ്മണനെ നോക്കി ഒന്ന് ചിരിച്ചുത്രേ ആ ചിരിച്ചപ്പോ തന്നെ സുഗ്രീവന് മനസ്സിലായി വാനരന്മാർക്കൊക്കെ മനസ്സിലായി എല്ലാവർക്കും മനസ്സിലായി ഈഷദ് ഉത്സ്മയഹ ലക്ഷ്മണം പ്രതിലക്ഷണം എന്താന്ന് വെച്ചാൽ സുഗ്രീവൻ ചെയ്തതും ഇത് തന്നെയാണ് അയാള് ചെയ്തതൊക്കെ അയാൾ മറന്നു കളഞ്ഞു അയാള് സ്വന്തം ജ്യേഷ്ഠനെ കൊല്ലിക്കുകയാണ് ചെയ്തത് എന്നിട്ട് ആ കുറ്റമൊക്കെ തന്നെ വിഭീഷണന്റെ മേലെ ആരോപിച്ചിട്ട് താനും ഇതോ വളരെ നല്ല ആളായിട്ട് നിൽക്കുകയാണ് ഈ ചർച്ചയൊക്കെ കഴിഞ്ഞിട്ടാണ് അവസ ഹനുമാൻ പറയണത് കണ്ണുമൂടി സ്വീകരിക്കാം വിഭീഷണനെ സ്വീകരിക്കണം അഭയം കൊടുക്കണം പറഞ്ഞു അപ്പോ ഭഗവാൻ പറയാണ് ദത്തമസ്യ അഭയമയ വിഭീഷണനെ കണ്ടിട്ട് പോലൂ കാണുന്നതിന് മുമ്പ് പറയാണ് അവൻ അഭയം കൊടുത്തിരിക്കണോ ഞാൻ ആരാൻ പറയുന്നു ഇനിയിപ്പോ വിഭീഷണനല്ല രാവണൻ തന്നെയാണ് വന്നിരിക്കണതെങ്കിലും കൂട്ടിക്കൊണ്ടുവരുമെന്നാണ് വിഭീഷണോ വാ സുഗ്രീവ യതിവാ രാവണ സ്വയം സുഗ്രീവനെ തന്നെ പോയിട്ട് കൂട്ടിക്കൊണ്ടുവരാൻ പറയാണ് നീതനെ പോയി വിളിച്ചുകൊണ്ട് വാ രാവണൻ തന്നെയാണെങ്കിലും വിളിച്ചുകൊണ്ടുവാ ദമസ്യ അഭയമ ഞാൻ അഭയം കൊടുത്തിരിക്കുന്നു സകൃദേവ പ്രപന്നായ തവാസ്മീ തിചയാച്ചേ അഭയം സർവഭൂതേ ദാമി ഏതത് വ്രതം മമ ഒരു പ്രാവശ്യമെങ്കിലും ഞാൻ അങ്ങേടെയാണെന്ന് ഭഗവാൻ എടുത്ത് പറഞ്ഞാൽ മതിയെന്നാണ് പൂർണ്ണമായിട്ട് അങ്ങുടെ ശരണാഗതി ചെയ്താൽ അവന് ഞാൻ അഭയം കൊടുത്തിരിക്കണം പ്രപന്നം പ്രപത്തി ഈ ഇത്രയൊക്കെ പറഞ്ഞ് വിഭീഷണന്റെ പ്രപത്തി അൺകണ്ടീഷണൽ സറണ്ടർ എന്താന്ന് വെച്ചാൽ ഇനി തിരിച്ചുപോയ രാവണൻ സ്വീകരിക്കില്ല കൊന്നുകളയും അപ്പൊ രാമൻ സ്വീകരിക്കുമെന്ന് അറിയൂല്ല പക്ഷേ സ്വീകരിക്കും എന്നുള്ള വിശ്വാസത്തിന്റെ മാത്രം പ്രമാണത്തിലാണ് അവിടെ നിങ്ങൾ വന്നിരിക്കുന്നത് ഇനി തിരിച്ചയച്ചാൽ കാര്യവും പോക്കാണ് അതാണ് ശരണാഗതി എന്ന് പറയണത് പ്രഭൃത്തി എന്ന് പറയുന്നത് സ്വീകരിച്ചിട്ടില്ലെങ്കിൽ താൻ പോയി തന്റെ ജീവിതം പോയി സ്വീകരിക്കും എന്നുള്ള ഒരേ ഒരു വിശ്വാസത്തിലാണ് വന്നിരിക്കണത് സ്വീകരിച്ചു വിഭീഷണൻ സ്വീകരിച്ചു കഴിഞ്ഞപ്പോ ഈ കഥ രാമാനുജാചാര്യർ പറയുമ്പോ രാമാനുജൻ പറയുന്ന കൂട്ടത്തില് രാമാനുജന്റെ കഥ കേട്ടുകൊണ്ടിരുന്ന ഒരു ഭക്തൻ എഴുന്നേറ്റ് പോയിത്രേ രാമാനുജൻ ചോദിച്ചോ എവിടേക്കാ പോണേ അല്ല ഈ കഥ നമുക്ക് വേണ്ട എന്താ വിഭീഷണൻ എല്ലാം വിട്ട് തന്റെ ബന്ധുക്കളെയൊക്കെ വിട്ട് രാഘവം ശരണം കഥ എന്ന് പറഞ്ഞ് വന്നിരിക്കുമ്പോ വിഭീഷണന്റെ കാര്യത്തിൽ ഭഗവാൻ ഇത്ര വലിയ മീറ്റിങ്ങും ഡിസ്കഷനും ഒക്കെ ആണെങ്കിൽ നമ്മളുടെ കേസ് എടുക്കാനേ ഇല്ല അതുകൊണ്ട് വേണ്ട ഞാൻ പോവുകയാണെന്ന് പറഞ്ഞു അത്രേ അപ്പൊ രാമാനുജൻ പറഞ്ഞു ഇരിക്കൂ എന്നിട്ടാ ഇരിക്കൂ വിഭീഷണന്റെ കാര്യത്തിലല്ലേ ചർച്ച വിഭീഷണന്റെ കൂടെ മൂന്ന് നാല് രാക്ഷസന്മാരുണ്ടായിരുന്നു അവരൊന്നും ചോദിച്ചതേ ഇല്ലല്ലോ അദ്ദേഹത്തിനെ കടത്തിവിട്ട പിന്നെ കഴിഞ്ഞു അവരും കൂടെ പോന്നു അല്ലേ അതുപോലെ നേരിട്ട് ഭഗവാന്റെ അടുത്ത് പോകുമ്പോ ഒരു ഡിസ്കഷൻ ഉണ്ട് ആ ഭാഗവതന്റെ കൂടെ അങ്ങോട്ട് പോവുകയാണോ ഒന്നും ഡിസ്കഷനൊന്നുമില്ല പുറത്തുള്ളൂ എന്നാണ് രാമാനുജ സമ്പ്രദായത്തില് അവര് ഭാഗവത സമ്പ്രദായത്തിന് പ്രാധാന്യം കൊടുക്കുന്നത് വളരാണല്ലോ അപ്പോ അങ്ങനെയാണ് ഇനി ഈ ചർച്ചയെക്കുറിച്ചൊന്നും വിഷമിക്കേണ്ട എന്നാണ് അതുപോലെ നമ്മൾ ഏത് സ്റ്റേറ്റിൽ ഇരിക്കണവരാണെങ്കിലും ശരി നമ്മൾ അറിഞ്ഞോ അറിഞ്ഞില്ലയോ മനസ്സിലായോ മനസ്സിലായിട്ടില്ലയോ എപ്പോഴാണോ നമ്മള് ഭഗവാനുണ്ട് ഭഗവാനെ അറിയണം അല്ലെങ്കിൽ ഭക്തി വേണം സത്സംഗം വേണം എന്നുള്ള ഒരു ശുഭേച്ഛ് ഭൂമികളാണ് വേദാന്തത്തിൽ ശുഭേച്ഛ വിചാരണ സത്വാപത്തി തനുമാനസി അസംസക്തി പദാർത്ഥ അഭാവനി തുല്യക എന്നീ സപ്തഭൂമികകളില് ശുഭേച്ഛ ആദ്യത്തെ സ്റ്റേജ് അറിയണം എന്നുള്ളത് വെറുതെ അവിടെ തന്നെ ജീവൻ മുക്തനാവാൻ തുടങ്ങിക്കഴിഞ്ഞു എന്നാണ് വശിഷ്ഠം ഭരണാർത്ഥം എന്നുവെച്ചാൽ ആ ഡിസയർ അത് തന്നെ സൂര്യോദയത്തിന് മുമ്പിലുള്ള അരുണോദയം പോലെയാണ് അത് കഴിഞ്ഞാൽ അധികം വൈകാതെ സൂര്യൻ ഉദിച്ചോളും എന്നാണ് അപ്പൊ ഭയപ്പെടാനേ ഇല്ല എന്നർത്ഥം ഈ പറയുന്ന കാര്യം എത്ര പ്രൊഫൗണ്ട് ആണെങ്കിലും എത്ര ആഴമേറിയതാണെങ്കിലും ഇതിനെ മനസ്സിലാക്കുക എന്നുള്ളത് പോലും നിങ്ങളുടെ കയ്യിലുള്ള കാര്യമല്ല അധികം വൈകാതെ ഉണ്ടാവും സംഭവിച്ചിരിക്കും അതുകൊണ്ട് നമ്മൾക്കൊക്കെ ഇതൊക്കെ പിടികിട്ടുമോ എന്ന് ധരിക്കേണ്ട പിടികിട്ടും പിടികിട്ടിയിരിക്കും കാരണം ഇത്രയൊക്കെ ഉറപ്പായിട്ട് ഞാൻ പറയാൻ കാരണം അത് നിങ്ങളുടെ ഉള്ളിൽ ഉള്ള വസ്തുവാണ് പുറത്തുനിന്ന് വരേണ്ട വസ്തുവല്ല ലോട്ടറി ടിക്കറ്റ് അടിക്കണ പോലെ അടിക്കേണ്ട കാര്യമില്ല ഓൾറെഡി ഇറ്റ് ഇസ് ധേർ ഉള്ളതാണ് ആവരണം അങ്ങട് നീങ്ങേണ്ട താമസേ ഉള്ളൂ മറ അങ്ങോട് മാറേണ്ട താമസേ ഉള്ളൂ സത്യം അവിടെ ഉണ്ട് ഉള്ളിലുണ്ട് സിദ്ധമാണ് എപ്പോഴുണ്ട് ആ ബുദ്ധിയിലൊരു ഒരു തെരശീല ഒരു ആവരണം അങ്ങ ആവരണം നീങ്ങാനാണ് ഈ ശ്രവണം കൊണ്ട് പതുക്കെ പതുക്കെ ആവരണം നിശേഷം നീങ്ങിയില്ലെങ്കിലും സ്ക്രീനിൽ കുറെ ഓട്ട ഉണ്ടായാൽ തന്നെ അവിടെയുള്ള വിളിച്ചെങ്ങോട്ട് കാണും അതുപോലെ ഈ ആവരണ അൽപ്പൽപ്പം ചിന്തിപ്പോയാൽ തന്നെ സത്യം പതുക്കെ പതുക്കെ പതുക്കെ തെളിയും ബഹൂനാം ജന്മനാമന് ജ്ഞാനവാൻ മാം പ്രപദ്യത്തെ ഭഗവാൻ പറഞ്ഞു അനേക ജന്മങ്ങൾക്ക് ശേഷം ജ്ഞാനം നേടി ഒരാള് പരിപൂർണമായി എനിക്ക് ശരണാഗതി ചെയ്യുന്നു അർത്ഥാർത്ഥിയോ ജിജ്ഞാസുവോ ആർത്തനോ പരിപൂർണ്ണ ശരണാഗതി ചെയ്യാൻ പറ്റില്ല അവന് അർത്ഥം കിട്ടിയാൽ പോകും അല്ലെങ്കിൽ ജിജ്ഞാസ ശമിച്ചാൽ ചിലപ്പോ പോകും അല്ലെങ്കിൽ ആർത്തന് അവന്റെ ആർത്തി നീങ്ങിയാൽ ചിലപ്പോ പോയി പോകും പക്ഷേ ജ്ഞാനിയുടെ പ്രപത്തി ജ്ഞാനം കൊണ്ടുണ്ടാവുന്ന പ്രപത്തി തത്വജ്ഞാനമാണ് അത് ഒരിക്കി വന്നു കഴിഞ്ഞാൽ പിന്നെ പോവുകയില്ല അതുകൊണ്ട് ഭഗവാൻ പറഞ്ഞു ആസ്ഥിത സഹയുക്താത്മാ അവൻ ആസ്ഥിതനാണ് എന്ന് വെച്ചാൽ പ്രബലമായി സ്വരൂപസ്ഥിതനാണ് അവൻ യുക്താത്മാവാണ് അതായത് യോഗിയാണവൻ ആത്മനിഷ്ഠനാണ് നിത്യയുക്തനാണ് മാമേവ അണുത്തമാം ഗതി അവൻ ഒരിക്കലും ശ്യുതിയില്ലാത്തതായി എന്റെ സ്വരൂപത്തിൽ സ്ഥിതനായിട്ട് തീരുന്നു അതിൽ നിന്ന് അവൻ വ്യതിചലിക്കുന്നില്ല അവൻ അച്യുതനായിട്ട് തീരുന്നു ബഹൂനാം ജന്മനാമത്തെ ജ്ഞാനവാൻ മാം പ്രപദ്യത്തെ ജ്ഞാനവാന്റെ ശരണാഗതി ഏത് രൂപത്തിലുള്ളതാ വാസുദേവസർവം അയാളുടെ ജ്ഞാനം ഏകദേശീയ രൂപമല്ല വാസുദേവ സർവമിതി സമഹാത്മാ അയാളെയാണ് മഹാത്മാ എന്ന് പറയണത് മഹാത്മാ ഉണ്ടാക്കിയെടുക്കാൻ പറ്റില്ല തപോവന സ്വാമികൾ ഇടയ്ക്കിടയ്ക്ക് ചൊല്ലുന്ന ഒരു ശ്ലോകമുണ്ട് അദ്ദേഹത്തിന്റെ ജീവചരിത്രത്തിൽ മഹാത്മാ ജന്മനൈവ സാദ് കർമ്മണാനൈവ കർഹിച്ച് ഇടയ്ക്കിടയ്ക്ക് തോന്നിപ്പോകുമെന്നാണ് മഹാത്മാവ് ഉണ്ടാക്കിയെടുക്കാൻ പറ്റില്ല ജ്ഞാനം ആണ് ഒരാളെ മഹാത്മാവാക്കി തീർക്കുന്നത് അല്ലാതെ ഒരാൾക്ക് മഹാത്മാവാണെന്ന് പറഞ്ഞ് ഇരിക്കാൻ പറ്റില്ല വാസുദേവ സർവമിത്തി നമ്മുടെ ഭഗവാന്റെ അടുത്ത് ഒരു വലിയ ഭാഗവതൻ ഈ ശ്ലോകം ചൊല്ലിയിട്ട് നമ്മുടെ ഭഗവാന്റെ അടുത്ത് ചോദിച്ചു ഗീതയിൽ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടല്ലോ വാസുദേവ സർവം അതല്ലേ ഏറ്റവും ഉയർന്ന സ്ഥിതി എന്ന് ചോദിച്ചു അതിന് നമ്മുടെ ഭഗവാൻ പറഞ്ഞു ശരിയാണ് വാസുദേവ സർവം എന്ന് കാണുന്നതാണ് ഏറ്റവും ഉയർന്നത് പക്ഷേ വാസുദേവ സർവം എന്ന് കാണുന്നവനാര് കാണുന്ന ആള് വാസുദേവൻ എല്ലാം വാസുദേവൻ എന്ന് കാണണമെങ്കിൽ കാണാൻ ഒരാൾ അയാള് സ്വയം താൻ തന്റെ സ്വരൂപം എന്താണ് ഈ ഞാൻ എന്താണെന്ന് ഞാൻ എന്നുള്ള അഭിമാനത്തിന്റെ സ്വരൂപത്തിനെ ആരാഞ്ഞ് അഭിമാനം എന്നുള്ളത് ഉണ്മയല്ല നിത്യശുദ്ധമായ പൂർണ്ണ വസ്തുവെ ഉള്ളൂ എന്നുള്ള പ്രജ്ഞ അനുഭവം ഉണ്ടാവുമ്പോ താൻ തന്നിലിരുന്നാൽ കാണുന്നതൊക്കെ തന്നെ തത്വസ്വരൂപമായിട്ട് കാണപ്പെടും വാസുദേവശ്ദത്തിന് ഭാഗവതത്തില് അർത്ഥം പറയണ്ട് ജ്ഞാനം വിശുദ്ധം പരമാർത്ഥമേകം അനന്തരം തു അബി ബ്രഹ്മസത്യം പ്രത്യാന്തം ഭഗവത് ശബ്ദസമ്പം യത് വാസുദേവം കവയോ വത പഞ്ചമസ്കന്ധത്തില് ജഡഭരതൻ രഘുഗണൻ ഉപദേശിക്കുമ്പോൾ വരുന്ന ശ്ലോകമാണ് വാസുദേവൻ എന്ന് വെച്ചാൽ എന്താ ജ്ഞാനം വിശുദ്ധം പരമാർത്ഥം ഏകം അനന്തരം തുഹി ബ്രഹ്മ സത്യം പ്രത്യപ്രശാന്തം ഭഗവത് ശബ്ദസജ്ഞം യദ് വാസുദേവം കവയോ വൃഷികൾ പറയുന്നു വാസുദേവൻ എന്ന് വെച്ചാൽ വിശുദ്ധമായ ജ്ഞാനസ്വരൂപം ജ്ഞാനം വിശുദ്ധം നമ്മള് രാവിലെ ദശശ്ലോകിയിൽ പറഞ്ഞ പോലെ സ്വതസിദ്ധഭാവാത് വിശുദ്ധാത്മകത്വാത് തന്റെ യഥാർത്ഥ സ്വരൂപം ശരീരമോ മനസ്സോ ബുദ്ധിയോ ഒന്നും തന്നെയല്ല അഹമഹം എന്നുള്ളത് കേവല ചിത്താണ് അഖണ്ഡമായ പ്രജ്ഞയാണ് അവിഛിന്നമായ ബോധമാണ് എന്നുള്ള പ്രത്യജ്ഞാം ആന്തരദർശനം അതാണ് ഇവിടെ വിശുദ്ധം ജ്ഞാനം പരമാർത്ഥം ഏകം അവിടെ രണ്ടില്ല അബഹിഹി അത് വെളിയിലുണ്ടാവണ വസ്തുവല്ല ബ്രഹ്മ അതിനെയാണ് ബ്രഹ്മം എന്ന് പറയണത് സത്യം എന്ന് പറയണത് പ്രത്യക് ഉള്ളിന്റെ ഉള്ളിൽ ഇനി പോവാൻ കഴിയാതെ സർവസാക്ഷിയായി സ്വയം പ്രകാശമാനമാണ് പ്രശാന്തം ശാന്തിയെ സ്വരൂപമാണ് ഭഗവത് ശബ്ദസംഖ്യം അതിനെ ഭഗവാൻ എന്ന് വിളിക്കുന്നു യത് വാസുദേവം അതാണ് വാസുദേവ ശബ്ദത്തിന് വ്യാസഭഗവാൻ തന്നെ കൊടുക്കണ വ്യാഖ്യാനം അപ്പൊ വാസുദേവ സർവം സകലതും നാരായണ സ്വരൂപമാണെന്ന് അനേക ജന്മങ്ങൾ കൊണ്ടൊരു ജ്ഞാനി അറിയുന്നു സന്ദേഹലേശമില്ലാതെ എല്ലാറ്റിലും അന്തര്യാമി രൂപയിന് ഇരിക്കുന്ന ഭഗവാനെ കാണുന്നു അല്പമോ സന്ദേഹമില്ല സ മഹാത്മാ അങ്ങനെയുള്ള സ്ഥിതിയിലുള്ള മഹാത്മാ സുദുർലഭ ഭഗവാൻ പറഞ്ഞു വളരെ ദുർലഭാണെന്നാണ് അങ്ങനെ ഒരാളുണ്ടെങ്കിൽ തന്നെ ആ ഭൂമി പവിത്രമായിട്ട് തീരും സൂതസംഹിതയിൽ പരമേശ്വരൻ തന്നെ പറയുന്നു കുലം പവിത്രം ജനനീകൃത വസുന്ധരാ പുണ്യവീച്ച അപാരസച്ചിത്സുഖവാരി രാശി ലീനം പേ ബ്രഹ്മണി യേത കുലം പവിത്രം ജനനീകൃത വസുന്ധരാ പുണ്യവതീ ചേന അയാളുടെ കുലം പവിത്രമായി അമ്മ കൃതാർത്ഥയായി ഭൂമി പുണ്യവതിയായിട്ട് തീർന്നു എന്താ ഈ തത്വജ്ഞാനം പൂർണ്ണമായിരിക്കുന്നു ഈ തത്വജ്ഞാനം ആർക്ക് പൂർണ്ണമായോ അവൻ അത്യാശ്രമിയാണ് അവൻ ബ്രഹ്മചാരിയല്ല അവൻ ഗൃഹസ്ഥനല്ല അവൻ വാനപ്രസ്ഥനല്ല അവൻ സന്യാസിയല്ല ശരീരധർമ്മങ്ങളൊന്നും തന്നെ ആത്മാവിൽ ആരോപണം ചെയ്യാത്തവനാണ് അവൻ അവന് താനും ആത്മാവാണ് പ്രപഞ്ചത്തിലെല്ലാം ആത്മസ്വരൂപമാണ് ആത്മൈവേദം സർവം ആത്മാ പുരസ്താത്മാ പശ്ചാത്മാിണത ആത്മോത്തരത ആത്മൈവേദം സർവ പുരസ്താദാത്മാ പശ്ചാദാത്മാക്ഷിണത ഉത്തരേണൊക്കെ ആത്മസ്വരൂപമായി സകലതും ഭഗവത്സ്വരൂപമായി അന്യമില്ലാതെ ഇതൊക്കെ നമ്മൾ വാക്കില് പറയണു സ്വാനുഭവത്തില് അതിന്റെ സ്വരൂപത്തിനെ വർണ്ണിക്കാൻ ഒക്കയില്ല അതുകൊണ്ട് ഭഗവാൻ പറഞ്ഞു സുദുർലവ എന്ന് പറഞ്ഞു അങ്ങനെയുള്ള ജ്ഞാനി സുദുർലവനാണ് അങ്ങനെയുള്ള ജ്ഞാനിയാണ് ഭഗവാൻ പറഞ്ഞത് അവൻ വേറെയല്ല ഞാൻ വേറെയല്ല അവൻ തന്നെ നടമാടുന്ന ഈശ്വര സ്വരൂപം ജംഗമലിംഗമാണവരെന്നാണ് ഭഗവാന്റെ ജംഗമസ്വരൂപമാണ് ജംഗമവിഗ്രഹമാണവർ അപ്പോ ജ്ഞാനീ ആത്മൈവ മേ മതം എന്ന് പറഞ്ഞില്ലേ ബഹൂനം ജന്മനും ജ്ഞാന സംസ്കാരാശ്രയാണമത്തെ ജാനവാൻ പ്രാപ്തപരിപാക മാം വാസുദേവം പ്രത്യ ആത്മാനം പ്രത്യക്ഷത പ്രപത്യത്തെ വാസുദേവതി യവം സർവാത്മാനം മാം നാരായണം പ്രതിപയത്തെ സ മഹാത്മാ നത്സ അന്യ അസ്തി അതികുദുർലഭ അവന് തുല്യമാരുമില്ല അവനേക്കാളും അധികമാരുമില്ല അങ്ങനെയുള്ളവൻ വളരെ ദുർലഭനാണ് എന്ന് പറഞ്ഞു സ സർവാത്മാനം പ്രപത്യത്തെ വാസുദേവസർവമിതി പ്രപഥത്തെ അയാളുടെ പ്രവൃത്തി ജ്ഞാനം കൊണ്ടുവന്നതാണെന്ന് പറഞ്ഞു ജ്ഞാനം കൊണ്ടുവരുന്ന പ്രവൃത്തിക്കും മറ്റുള്ളതിനും എന്താ വ്യത്യാസം എന്ന് വെച്ചാൽ മറ്റുള്ള പ്രവൃത്തി ഇപ്പൊ നമ്മളെ സൂക്കട് വരുമ്പോ ഡോക്ടർക്ക് പ്രവൃത്തി ചെയ്യും ദാരിദ്ര്യം വരുമ്പോ നമുക്ക് പണം തന്ന് സഹായിക്കുന്ന ആൾക്ക് പ്രവൃത്തി ചെയ്യും ഒരു കുഞ്ഞ് അമ്മയ്ക്ക് പ്രവൃത്തി ചെയ്യും അച്ഛന് പ്രവൃത്തി ചെയ്യും വിശക്കുമ്പോ എവിടെയെങ്കിലും ഭക്ഷണം കിട്ടുന്ന ആളുടെ അടുത്ത് പ്രവൃത്തി ചെയ്യും നമ്മൾക്ക് എന്തെങ്കിലും കാര്യം നടക്കാനുണ്ടെങ്കിൽ ആരുടെ അടുത്തുനിന്ന് കാര്യം നടക്കുമോ അവരിടത്തൊക്കെ നമുക്ക് തൽക്കാലത്തേക്ക് ഒരു അടക്കം വരും അല്ലേ ചീത്ത പറഞ്ഞാലും കേട്ടോളും ഓക്കെ അടങ്ങിക്കോളും അത് കണ്ടീഷണൽ സറണ്ടറാണത് അതേപോലെയാണ് നമ്മളുടെ ഈശ്വര ഭക്തിയിലും കാര്യം നടക്കാനുള്ള പ്രവൃത്തിയാണ് നമുക്ക് അധിക പറ്റുമുള്ളത് ഭഗവാന്റെ അടുത്ത് ഭഗവാനെ ഭഗവാനെ എന്റെ കാര്യം നടത്തി തരണം അധ്യാത്മമായിട്ട് വരുമ്പോഴും എന്തോരാഗ്രഹം ഉള്ളിൽ കിടപ്പുണ്ട് അതുകൊണ്ട് ശരിയായ പ്രവൃത്തി അല്ല അവിടെ രമണ ഭഗവാന്റെ അടുത്ത് പറയും പലരും പറയും ഭഗവാൻ ഞങ്ങൾക്ക് പറയൊന്നും വേണ്ട ആത്മജ്ഞാനം മാത്രം കിട്ടിയാൽ മതി അപ്പൊ ഭഗവാൻ ചിരിച്ചുകൊണ്ട് പറയേണ്ടത് ഞാനം മാത്രം മതിയത്രേ ശരണാഗതി ചെയ്യാൻ പറഞ്ഞാൽ ആരും തയ്യാറല്ല എന്ന് പറയും ശരണാഗതി ചെയ്താൽ പിന്നെ ചോദ്യം ഉണ്ടാവോ ഒരു ഒരു വൈഷ്ണവ ഒരു അമ്മ കുടുംബത്തിലെ ചില കഷ്ടങ്ങളൊക്കെ പറഞ്ഞു എന്തൊക്കെ പറഞ്ഞു അപ്പൊ കേട്ടിട്ട് നമ്മളെ കൊണ്ട് ചെയ്യാവുന്ന ഒരു ഉപകാരം എന്താന്ന് വെച്ചാൽ അവർ കേൾക്കുക പരിഹാരമൊന്നും ചെയ്യാൻ പറ്റില്ല അത് ഈശ്വരൻ തന്നെ ചെയ്യണം പറഞ്ഞു കേട്ടിട്ട് അപ്പൊ പറഞ്ഞു ശരണാഗതി ചെയ്യൂർ അപ്പൊ തോന്നിയേ പറഞ്ഞു അവര് പറഞ്ഞു ശരണാഗതിയെല്ലാം പണിയാച്ചി അപ്പോവും നടക്കുമാട്ടെ എങ്ങനെ തോന്നി ശരണാഗതി എന്ന് വെച്ചാൽ വൈഷ്ണവ സമ്പ്രദായ പടി ചിഹ്നമൊക്കെ ഇട്ട് കഴിഞ്ഞു എന്നിട്ടും നടക്കുന്നില്ലേ അതാണ് അപ്പൊ ശരണാഗതി എന്ന് വെച്ചാൽ ഈ ചിഹ്നം വിട്ട ശരണാഗതി അയ്യോ അല്ലെങ്കിൽ ശരണാഗതി ചെയ്തു എന്ന് ധരിച്ചാൽ പിന്നെ അത് കഴിഞ്ഞ് ചോദ്യം ഉണ്ടാവോ ശരണാഗതി ചെയ്ത ശേഷം പിന്നെ കാര്യം നടന്നില്ല എന്ന് വായുകൊണ്ട് പറയോ വാസുദേവ സർവം എന്ന് വെച്ചാൽ വാസുദേവൻ തന്നെയാണ് നല്ലത് വാസുദേവൻ തന്നെയാണ് ചീത്ത വാസുദേവൻ തന്നെയാണ് ദുഃഖം നമ്മുടെ ഭഗവാൻ ക്യാൻസർ വന്നപ്പോ പലരും പറഞ്ഞു ഭഗവാനെ ഇത് എങ്ങനെയെങ്കിലുമൊക്കെ നിവൃത്തിയാക്കാൻ പാടില്ലേ അപ്പൊ ഭഗവാൻ പറഞ്ഞു നിങ്ങളിൽ പലരും എന്റെ അടുത്ത് വരുന്നു അതുപോലെ തന്നെയാണ് അത് വന്നിരിക്കുന്നത് നിങ്ങളെ ആരെയും ഞാൻ പോകൂ എന്ന് പറയണില്ല അതുകൊണ്ട് അതിനെ എങ്ങനെ പോകുമെന്ന് പറയും നിങ്ങളെ ആരെയും ഞാൻ വിളിച്ചില്ല നിങ്ങളൊക്കെ വരണു അതുപോലെ ഞാൻ അതിനെയും വിളിച്ചില്ല അതും വന്നിരിക്കണം നിങ്ങളെ ഒന്നൊക്കെ പോവാനും പറയണില്ല അതുപോലെ അതിനെ ഞാൻ എങ്ങനെ പോവാൻ പറയും ആ അനുഭവമും ആധി വ്യാധി പരീതൈഷ് എവിടെയോ വരണ ഒരു ശ്ലോകമാണ് ആദി വ്യാധി ഉപദ്രവങ്ങൾ എല്ലാത്തിനെയും ആത്മാവായി കാണുന്നു അത്ര ഞാൻ എന്നുവെച്ചാൽ ആത്മാവായി കാണുന്ന വെച്ചാൽ മരവും തൂണും പുറത്തുള്ള വസ്തുക്കളല്ല തന്റെ ജീവിതത്തിൽ ഉണ്ടാവുന്ന വിപരീതമായ അനുഭവങ്ങളെ അടക്കം ഭഗവത് സ്വരൂപമായിട്ട് കാണണം വാസുദേവ സർവം എന്നുള്ളതിന്റെ ഡയമെൻഷൻ ഇറ്റ് ഈസ് ലിമിറ്റ്ലെസ് ഇൻഫിനിറ്റ് ഡയമെൻഷൻ മൾട്ടിപ്പിൾ ഡയമെൻഷൻ ഇൻ ഓൾ ഡയമെൻഷൻസ് യു ഹാവ് ടു സി ഇറ്റ് നമുക്ക് പറയുമ്പോ പറയാം അനുഭവം വരുമ്പോ പതറിപ്പോവും നല്ലതും വാസുദേവസ്വരൂപം ചീത്തയും വാസുദേവസ്വരൂപം ഉറക്കവും വാസുദേവസ്വരൂപം ഉണർവും വാസുദേവ സ്വരൂപം കർമ്മവും അകർമ്മവും ചിത്തും ജഡവും പ്രഹ്ലാദൻ പറയുന്നത് പ്രഹ്ലാദ സ്ഥിതിയുടെ അവസാനം ം വായുരഗ്നിലവനിർയംബുമാത്ര പ്രാണേന്ദ്രി ഹൃദയം ഛിദ് അനുഗ്രഹിച്ചമേവ സഗുണോ വിഗുണശ്ചൂമന് എന്നം വിമൃശ്യധിയ ശബ്ദ പ്രഹ്ലാദൻ പറയാണ് ഭഗവാനെ ത്വം വായുഹു അഗ്നി അനലോ വിയദ് അമ്പുമാത്രാഹ അനിലോ വിയത് ത് ത് അവനിർ വിയത് അമ്പുമാത്രാഹ പഞ്ചഭൂതങ്ങൾ ഭഗവാനെ അവിടുത്തെ സ്വരൂപമാണ് പ്രാണേന്ദ്രിയാണിച്ച് എന്റെ ഉള്ളിലുള്ള വിശപ്പ് ദാഹം മുതലായിട്ടുള്ള വികാരങ്ങളെയൊക്കെ ഉണ്ടാക്കുന്ന പ്രാണനും അവിടുത്തെ സ്വരൂപമാണ് കണ്ണ് ചവി മുതലായിട്ടുള്ള ഇന്ദ്രിയങ്ങളൊക്കെ അവിടുത്തെ സ്വരൂപമാണ് ചിദ് എന്റെ ഉള്ളില് അഹം അഹം അഹം അഹം എന്ന് യാതൊന്നു സ്ഫുരിക്കുന്നു ആ ചിത്ത് അവിടുത്തെ സ്വരൂപമാണ് അനുഗ്രഹശ്ശ കൃപയുണ്ടല്ലോ അധ്യാത്മജ്ഞാനത്തിനുള്ള വാഞ്ച ഉണ്ടാവണണ്ടല്ലോ അതും അവിടുത്തെ സ്വരൂപമാണ് സർവം ത്വമേവ് ഭഗവാൻ ഇവിടെ എന്തൊക്കെ കാണപ്പെടുന്നുണ്ടോ അതൊക്കെ അങ്ങാണ് സഗുണോ വിഗുണശ്ശദ്ഗുണങ്ങളുള്ളതൊക്കെ അവിടുത്തെ സ്വരൂപമാണ് ദുർഗുണം എന്റെ അച്ഛനത് ആ കയ്യിൽ വാളു പിടിച്ചുകൊണ്ട് എവിടെയുടെ ആ ഹരിയും ചോദിക്കുന്നുണ്ടല്ലോ അവൻ അങ്ങയുടെ പ്രത്യക്ഷ സ്വരൂപമാണ് എന്റെ അച്ഛൻ വിഗുണശഭൂമന് അങ്ങല്ലാതെ വരെ ഒന്നുമില്ല ഇങ്ങനെ പറഞ്ഞ് പ്രഹ്ലാദൻ അവസാനം പറഞ്ഞിങ്ങനെ എല്ലാം അവിടുന്നാണെന്ന് പറഞ്ഞ് പറഞ്ഞ് ഏവം വിമൃശ്യ നല്ലവണ്ണം വിചാരം ചെയ്തിട്ട് സുധിയ നല്ല തത്വജ്ഞാനികൾ വിരമന്തി ശബ്ദാ എല്ലാ ശബ്ദവും വിട്ട് മൗനികളായിട്ട് തീരണു പ്രപന്നരായിട്ട് തീരണു ശരണാഗതരായിട്ട് തീരണു അവർക്ക് ഭഗവാനിൽ നിന്ന് അന്യമായിട്ട് ഉള്ള എല്ലാത്തിന്റെയും ഇരുപ്പ് നഷ്ടപ്പെട്ടു പോകും സകലത്തും ഭഗവത് സ്വരൂപം വാസുദേവ സർവമിതി അപ്പൊ വാസുദേവ സർവം എന്ന് വെച്ചാൽ പുറത്തുള്ള രൂപം മാത്രമല്ല നമ്മളുടെ അകത്തുള്ള അനുഭവങ്ങളൊക്കെ ആദ്യം തന്നെ പറഞ്ഞല്ലോ ഭഗവാന്റെ അപരാപ്രകൃതിയും para prakrityam bhagavan so you cease to exist as a separate personality you cease to exist apart from the infinite you become one with the whole in the plenum പൂർണ്ണത്തിന്റെ കൂടെ ഒന്നായിട്ട് തീരുന്നു പൂർണ്ണമായിട്ട് തീരുന്നു അപ്പോഴേ പൂർണ്ണമതാ പൂർണ്ണമിതം പൂർണ്ണാത് പൂർണ്ണമുദക്ഷതേ പൂർണ്ണസ്യ പൂർണ്ണമാതായ പൂർണ്ണമേവ അവശിഷ്യത എന്ന് പറഞ്ഞു നോക്കൂ അങ്ങനെയുള്ള ജ്ഞാനിയാണ് ഭഗവാൻ ഇവിടെ പറഞ്ഞ് സുദുർലഭ വളരെ അപൂർവമായിട്ട് ഈ തത്വജ്ഞാനദാർഢ്യമുള്ളവരെ കാണപ്പെടുന്നു വാസുദേവ സർവമിതയും സമഹാത്മാ സുദുർലഭ അങ്ങനെയുള്ളവര് ആത്മൈവ സർവം ആത്മൈവ സർവ വാസുദേവ ആത്മൈവ ഇവം അപ്രതിപത്തവും കാരണം ഉച്ചതെ അപ്പോ ശരി ഇപ്പൊ കേട്ടു നമ്മള് അല്ലെ വാസുദേവ സർവം കേട്ടവ തന്നെ പ്രഹ്ലാദന് ഗർഭത്തിലിരിക്കുമ്പോൾ നാടത് മഹർഷി പറഞ്ഞു കൊടുത്തു സ്വീകരിച്ചു എന്നാണ് നമ്മളിപ്പോ പുറത്തു വന്ന് നല്ല ശ്രദ്ധയോടെ ഇരിക്കുകയാണ് നമ്മളിപ്പോ കേട്ടു ശരി അങ്ങനെ തന്നെ ആയിക്കൂടെ എന്താ ഇപ്പൊ ജ്ഞാനം എന്ന് പറഞ്ഞാൽ സയൻസ് പോലെ ഇത് ഹൈഡ്രജനാണ് ഓക്സിജനാണ് ഇത് ചേർന്ന് കഴിഞ്ഞാൽ വെള്ളമാണ് എന്നൊക്കെ പറഞ്ഞു ഒരിക്കൽ കേട്ടു നമ്മൾ മനസ്സിലാക്കിയാൽ കഴിഞ്ഞു നാല് നാലും എട്ട് കേട്ടു മനസ്സിലാക്കിയാ കഴിഞ്ഞു അതേപോലെ ഇപ്പൊ നിങ്ങൾ കേട്ടു വാസുദേവ സർവം ഈ ജ്ഞാനത്തിൽ ചെയ്യാനൊന്നുമില്ല ഉണ്ടോ വാസുദേവ സർവം എന്നുള്ളത് ജ്ഞാനമാണ് കർമ്മവിഷയമല്ല നിങ്ങളോട് നാമം ജപിക്കാൻ പറയോ അല്ലെങ്കിൽ പൂജ ചെയ്യാൻ പറയോ ഒന്നും പറഞ്ഞില്ല വാസുദേവ സർവമെന്നാണ് പറഞ്ഞത് ഇത് നിങ്ങൾ കേട്ടു ഇനി ഇപ്പൊ സ്വീകരിക്കാൻ എന്താ തടസ്സം അതാണ് ഭഗവാൻ അടുത്തത് പറഞ്ഞത് എന്തുകൊണ്ടാ ഈ ജ്ഞാനം ഇത്രയധികം പ്രകാശമാനമായി കിട്ടിയിട്ടും ഋഷികളിൽ നിന്നും കിട്ടിയിട്ടും ജ്ഞാനികളിൽ നിന്ന് കിട്ടിയിട്ടും ഭഗവാനിൽ നിന്ന് തന്നെ കിട്ടിയിട്ടും കുറച്ചു നേരം കഴിയുമ്പോ എന്തുകൊണ്ട് വിട്ടുപോകുന്നു അല്ലെങ്കിൽ കേൾക്കുമ്പോ തന്നെ പരിപൂർണമായി എന്തുകൊണ്ട് സ്വീ സ്വീകരിക്കാൻ സാധിക്കണില്ല ഈ ശ്രവണ ദോഷം എന്താ അതാണ് അടുത്ത ശ്ലോകം നോക്കൂ നമ്മളുടെ ഡയഗ്നസിസ് ആണ് നമ്മളുടെ സൂക്കട് എന്താണെന്നുള്ള ഡയഗ്നസിസ് ആണ് അടുത്തത് ൈസ്തൈൃത പ്രപയവ തം തം നിയമാസ്ഥയ പ്രകൃതി നിയതാസ്വയാ തൈ തൈ ഹൃത പ്രപത്യന് അന്യ തം തും നിയം ആസ്ഥയ പ്രകൃതി നിയതാമ തൈ തൈ പുത്രപശുസ്വർഗാദിവിഷയ ഹൃതജ്ഞാ അപഹൃതവിക്കവിജ്ഞാ പ്രപത്യന് അന്യവത ുദേമനാ അനാ ദധനേ പ്രസിദ്ധ യാ യാ നിയ തം ആസ്ഥി സ്വഭാവന ജന്മാരാർജസ്കാരവിശേഷണ നിയതോ ഭഗവാൻ സകലതും ഭഗവത് സ്വരൂപമായി ശരണാഗതി ചെയ്യാൻ വിഘ്നം എന്താന്ന് വെച്ചാൽ ആഗ്രഹം ആഗ്രഹം ഉണ്ടെങ്കിൽ എനിക്ക് പലതും നേടിയെടുക്കാനുണ്ട് അന്യ അഭിനിവേശം എന്ന് പേരിന്ന് ഭാഗവതത്തിൽ ചിത്രകേതു എന്ന രാജാവിന് ബ്രഹ്മോപദേശം ചെയ്തു കൊടുക്കണം എന്ന് പറഞ്ഞ് മഹർഷി വരണു രാജാവ് വരവേറ്റു സിംഹാസനത്തിൽ ഇരുത്തി പാദപൂജ ചെയ്തു അങ്കിരസൻ എന്തെങ്കിലും പറയാൻ പുറപ്പെടുന്നതിന് മുമ്പ് തന്നെ ചിത്രകേതു കരയാൻ തുടങ്ങി എന്താ കാര്യം എനിക്കൊരു മകനില്ല എനിക്കൊരു കുഞ്ഞില്ല ഒരു കുഞ്ഞ് ജനിക്കാൻ ആശീർവദിക്കണം എന്ന് പറഞ്ഞു അങ്കിരസൻ ആശീർവദിച്ചിട്ട് പറഞ്ഞു ഇതിൽ നിന്ന് തനക്ക് സുഖവും ഉണ്ടാവും ദുഃഖവും ഉണ്ടാവും വളരെ കാലമായിട്ട് ആശിച്ചതാണ് നടന്നില്ല ഒരു യാഗം നടത്തി അന്ന് ഒരു കുഞ്ഞ് ജനിച്ചു കുഞ്ഞു കുറച്ചു കാലം ജീവിച്ചു മരിച്ചുപോയി സഹിക്കവയ്യാത്ത ദുഃഖം തീവ്ര ദുഃഖത്തിൽ വെന്തു നേറിക്കൊണ്ടിരിക്കുമ്പോൾ അങ്കിരസൻ വീണ്ടും വന്നു നാരദ മഹർഷിയോടുകൂടെ വന്നു അങ്കിരസൻ പറഞ്ഞു എന്തിനാ കരയണ എന്റെ കുഞ്ഞു മരിച്ചുപോയി അങ്കിരസൻ പറയാണ് നോക്കൂ ഇതാണ് ലോകം ഞാൻ അന്ന് തന്നെ വന്നത് താങ്കൾക്ക് ബ്രഹ്മോപദേശം ചെയ്യാനാണ് പക്ഷേ അങ്ങയുടെ ഉള്ളിൽ അതിന് തയ്യാറല്ല കാരണം എന്താ എന്തോ ഒരാഗ്രഹം ഒരു മേഘം പോലെ ആവരണം സൃഷ്ടിച്ച് കിടപ്പുണ്ടായിരുന്നു ഉള്ളിൽ അത് ഒഴിഞ്ഞു നീങ്ങാതെ ഉപദേശിച്ച ഫലിക്കില്ല ജ്ഞാത്വാ അന്യാഭിനിവേശം തേ അങ്ങയുടെ ഉള്ളിൽ ഒരു അന്യാഭിനിവേശം ഫാസിനേഷൻ ഫോർ ദ അദർ ക്രേവിംഗ് ഫോർ സംതിങ് എൽസ് വസ്തർ അതുകൊണ്ട് തത്വം ഉപദേശിച്ചാലും കേൾക്കാൻ പറ്റില്ല എന്തെങ്കിലും ആഗ്രഹം വെച്ചുകൊണ്ട് വന്നാൽ അതിലെല്ലാം ശ്രദ്ധയുണ്ടാവുള്ളൂ അല്ലെ പ്രഭാഷണം കേൾക്കാമെന്ന് ഇരിക്കുന്ന ആള് ആ കൂട്ടത്തിനിടയിൽ പോക്കറ്റ് അടിക്കാൻ ഒരാൾ വന്നാൽ അയാൾ പ്രഭാഷണം കേൾക്കുമോ നിനെ നോക്കിക്കൊണ്ടേയിരിക്കും അല്ലേ അയാൾ എന്തിനാണ് വന്നിരിക്കുന്നത് അയാൾ ഇത് കേൾക്കാനല്ല എവിടെയെങ്കിലും കൈവച്ച് പൊക്കി കഴിഞ്ഞാൽ പതുക്കെ മുളഞ്ഞു പോവും അപ്പൊ എന്ത് കാര്യത്തിന് വന്നോ ആ കാര്യമാണ് അപ്പൊ ആഗ്രഹം ഇപ്പൊ കുഞ്ഞു വേണമെന്നാണ് അത് കൊടുത്തു അതിന് ദുഃഖം ഉണ്ടായി ദുഃഖം ഉണ്ടായപ്പോ ആഗ്രഹ നിർവ്വാണുണ്ടായി സങ്കല്പ നിർവ്വാണം സങ്കല്പങ്ങോട് പോയപ്പോ അപ്പോഴാണ് അങ്കിലെ ഉപദേശിക്കുന്നത് ഇനി അറിഞ്ഞുകൊള്ളുക തനിക്ക് തത്വോപദേശം ചെയ്യാം വൈരാഗ്യോപദേശം ചെയ്യാം സാധനം ഉപദേശിക്കാം ഒക്കെ പറഞ്ഞു അപ്പോ എന്തെങ്കിലും ആഗ്രഹമുണ്ടെങ്കിൽ അഭിമാനം ഉള്ളിലുണ്ടാവും ഒരു ദേവതയെ വെളിയിൽ ആരാധിക്കും അന്യോഹം അന്യോസവും ശ്രുതി തന്നെ പറയണു അന്യദേവതാന്ന് ഇവിടെ ഈ ശ്ലോകത്തിൽ പറഞ്ഞതിന് കൃഷ്ണനിൽ നിന്നും അന്യമായ ദേവതകൾ എന്ന് അർത്ഥം പറയാൻ പാടില്ല അബദ്ധമായി പോവും പല വ്യാഖ്യാതാക്കളും അങ്ങനെ ചെയ്തു വെച്ചിട്ടുണ്ട് അങ്ങനെയല്ല ആത്മാവിൽ നിന്ന് അന്യമായി എന്തിനെ ആരാധിച്ചാലും അതൊക്കെ തന്നെ അന്യദേവത ആരാധനയാണ് അന്യോഹം അന്യോസൗ ഇതി നസവേദ ദേവാനാം പശുരേവസഹ എന്നാണ് ശ്രുതി പറയണത് ഞാൻ വേറെ ആ ദേവത വേറെയുണ്ട് ദേവതയെ ആരാധിച്ച് എന്തോ ആഗ്രഹം സാധിക്കണമെന്ന് ആര് ധരിക്കണോ അവൻ പശുവാണ് ദേവതകൾക്കെന്നാണ് ദേവതകള് അയാളെ പശുവായിട്ട് കരുതൂ കറക്കുന്ന പശുവിനെ വിടുവോ നമ്മളെ എളുപ്പത്തിലെ വിടില്ല അതുപോലെ ദേവതകളും ഇയാളെ മുകളിലേക്ക് പോകാൻ അനുവദിക്കാതെ പിടിച്ചു വെച്ചുകൊണ്ടിരിക്കുമെന്നാണ് അപ്പൊ ദേവതകളെ എങ്ങനെ കടക്കും ദേവോഭൂത്വാ ദേവാനഭ്യേത്തി ദേവനായി തീർന്നിട്ടേ ദേവനെ കിടക്കാൻ പറ്റുള്ളൂ ലോകത്തിൽ തന്നെ നിയമം അതാണ് നിങ്ങളെ ഒരിക്കലും ബലം കൊണ്ട് നിർത്തി ജയിക്കാൻ പറ്റില്ല നിങ്ങൾ അടങ്ങിയിരിക്കും കുറച്ച് കഴിഞ്ഞാൽ പിന്നെയും പൊങ്ങും നിങ്ങളെ ആയിട്ട് തീർന്നാൽ നിങ്ങളെ ജയിക്കാം അതേപോലെ ദേവതയെ ആയിട്ട് തീർന്നാൽ ദേവതയിൽ നമ്മൾ ലയിച്ചാൽ അന്യം നിൽക്കാതെ ഇരിക്കുമ്പോ ദേവതയെ കടന്നു എന്നാണ് അപ്പോ പോട്ടെ കുറച്ചുകൂടെ സിംപ്ലിഫൈ ചെയ്യും ആഗ്രഹങ്ങൾ കൊണ്ട് അവരുടെ ജ്ഞാനം പോയി ഗീതയും ഭാഗവതമൊക്കെ പഠിച്ചിട്ടുണ്ടാകും പല ആളുകളും ഒരു വലിയ വേദാന്തി അയാള് എൻ്റെ അടുത്ത് എന്തൊക്കെയോ പറഞ്ഞു നിങ്ങൾക്കിപ്പോ പറഞ്ഞ പേര് പോലും മനസ്സിലാവില്ല അങ്ങനത്തെ ഗ്രന്ഥങ്ങളൊക്കെ അദ്വൈത സിദ്ധി ബ്രഹ്മാനന്ദീയം ചിത്സുഖി ഖണ്ഡനഖണ്ഡാദ്യം ഇതൊക്കെ വലിയ വലിയ പ്രൗഢഗ്രന്ഥങ്ങളാണ് അതൊക്കെ പറഞ്ഞു പറഞ്ഞു കഴിഞ്ഞ എല്ലാം കേട്ട് കഴിഞ്ഞിട്ട് അദ്ദേഹത്തിനടുത്ത് ഞാൻ പറഞ്ഞു നോക്കൂ ഈ പറയണതൊന്നും വേദാന്ത അല്ല ഇതൊക്കെ അനുഭവത്തിന് വരണം ഇതൊന്നും പ്രയോജനമില്ല എന്തിനാ ഈ തല വെറുതെ ചോദിച്ചു അത് കേട്ട് കഴിഞ്ഞപ്പോ അദ്ദേഹം കുറെ നേരം ആലോചിച്ചിട്ട് ഞാൻ അനുഭവമുള്ളവരൊക്കെ ഇപ്പൊ അനുഭവത്തിലുള്ളവരൊക്കെ ഇപ്പുണ്ടോ അയാളോട് എന്ത് പറയും ധാരാളമായിട്ടുണ്ടോ എന്ന് ഇഷ്ടം പോലെ ഉണ്ട് വേണമെങ്കിൽ ഉണ്ട് എല്ലാം കേട്ട് കഴിഞ്ഞിട്ട് അദ്ദേഹം കുറെ നേരം ആലോചിച്ചു ഉള്ളിൽ പോകേണ്ടതെന്നാണ് ഞാൻ ധരിച്ചത് എല്ലാം കഴിഞ്ഞിട്ട് അങ്ങനെയുള്ളവർ ആരെങ്കിലും പോയാൽ എന്റെ കൈ നോക്കി പറയൂ വലിയ പണ്ഡിതനാണ് ആ ഇന്റലിജൻസ് ഇത്രയുള്ളൂ എന്റെ കൈ നോക്കി പറയൂ എന്താ കാര്യം എന്തോ പ്രശ്നം ഉള്ളിലുണ്ട് കാമൈ സ്ഥൈസ് അവരെന്ത് ചെയ്യും അതിന് ഏത് ദേവതയാണോ അനുകൂലിക്കുക ആ ദേവത എടുത്ത് പോകും എന്തൊക്കെ ദേവതകൾ ആ ലോകത്തിലുള്ളതല്ലേ അവരവരുടെ ആഗ്രഹത്തിനനുസരിച്ച് മാടാൻ ചാത്തൊട്ട് തുടങ്ങി ഭൈരവൻ എന്തൊക്കെ മൂർത്തികളാ ഉള്ളതറിയോ ഇതൊക്കെ തന്നെ ഓരോരുത്തരുടെ ആഗ്രഹത്തിനനുസരിച്ചാണ് അതാത് ദേവതകളുടെ അടുത്തൊക്കെ പോയി ശരണാഗതി ചെയ്യും തൽക്കാല ആഗ്രഹം നടക്കാൻ നമ്മൾ ലോകത്തിലെ ഓരോ ഓഫീസറുടെ അടുത്ത് പോണ പോലെ അവരിടത്തും പോവും മഹാരാഷ്ട്രയിൽ പോയാൽ അവരടുത്തൊരു ഭൈരവന്റെ അമ്പലമുണ്ട് വായ പൊളിച്ചിട്ട് ഭൈരവൻ ഇരിക്കും ഉള്ളില് മദ്യം ഒഴിച്ചു കൊടുക്കും വായിൽ അതെവിടെ പോകുന്ന അറിയില്ല എന്നാൽ ഇപ്പൊ നല്ല ബോട്ടിലൊക്കെയാണോ കൊണ്ടുവരുന്നത് ആ അമ്പലത്തിൽ എത്ര ചെറുപ്പക്കാരറിയോ എന്താന്ന് വെച്ചാൽ പ്രസാദം കിട്ടും പ്രസാദം കിട്ടുമെന്നാണ് തമാശ അറിയല്ല ഞങ്ങളൊരു ഗ്രൂപ്പായിട്ട് കുറച്ചുപേര് പോയി നമ്മുടെ പാട്ടിമാര് ചിലവരൊക്കെ കൈ നീട്ടി വാങ്ങിച്ചു അറിഞ്ഞില്ലേ അവർക്ക് പറഞ്ഞു കഴിഞ്ഞിട്ടാണ് അയ്യേ നമുക്ക് പറഞ്ഞത് എന്താ വേണ്ടതെന്ന് വെച്ചാൽ അതിനനുസരിച്ചാണ് അവിടെ കൊടുക്കുന്നത് കാമൈ സ്തൈ സ്ഥൈ ഹൃതജ്ഞാനാ അവരവരുടെ ആഗ്രഹം സാധിക്കാനായിട്ട് എന്തു കൊടുത്താലാണ് ആഗ്രഹം സാധിക്കുക എന്നാണ് ഏത് ദേവതയ്ക്ക് എന്ത് ചെയ്യണം ഇന്നന്ന വിധത്തിൽ പൂജിക്കണം അത് തം തം നിയമം ആസ്തായ ആ നിയമമൊക്കെ നോക്കും ചിട്ടപ്പടി ചെയ്യുവാളുകണം എന്തൊക്കെ പൂജകള് വഴിപാടുകളൊക്കെയാണ് അമ്പലങ്ങളിലല്ലേ ഭാഗവത സപ്താഹത്തിനടക്കം വിചിത്രമായ വഴിപാടുകളാണ് ആരോ പറഞ്ഞു തെക്കോട്ട് എവിടെയോ ഒരു ഭാഗവത സപ്താഹത്തിന് വെട്ടുകത്തി വഴിപാട് അത്ര എന്താ എനിക്കൊന്നും പിടിയിട്ടില്ല ഈ വെട്ടുകത്തി വഴിപാട് ചെയ്താൽ എന്തോ കാര്യം നടക്കുമെന്നാണ് ആരോ പറഞ്ഞിരിക്കുന്നത് അത്രയും ആ ഗതി വരെ ഭാഗവത സപ്താഹത്തിനെ പോകാൻ സാധിക്കുമെങ്കിൽ ഇപ്പൊ നോക്കൂ രുക്മിണീ കല്യാണത്തിന് ഭക്തി കൊണ്ടാണോ പാളുകൾ കെട്ടി എഴുന്നിക്കണത് ഉം കല്യാണത്തിന് പെൺകുട്ടികളൊക്കെ അലങ്കരിച്ച് കയ്യിൽ താലപ്പൊലിയൊക്കെ ആയിട്ട് നടക്കുന്നത് ഭക്തി കൊണ്ടാണോ അല്ല പിന്നെയോ കാമൈ ഹൃതജ്ഞാന ആരോ പറഞ്ഞു രുക്മിണി കല്യാണത്തിന് പെൺകുട്ടികൾ വന്നാൽ അവർക്ക് കല്യാണം കഴിയും നോക്കും അപ്പൊ കല്യാണം കഴിയാൻ വേണ്ടിയിട്ടാണ് ഭാഗവതം എന്നായില്ലേ പോ അല്ലെ കല്യാണം കഴിയാനാണ് ഭാഗവത സപ്താഹം എന്ന് ആ കുട്ടികളെ ധരിച്ചു വെച്ചിട്ടുണ്ടാവും ചിലപ്പോ അല്ലെങ്കിൽ എന്തെങ്കിലും കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇതൊക്കെ പല ആളുകൾ ഈ പ്രസംഗിക്കുന്നതിനും ഇതിനും സംബന്ധമേ ഇല്ലാതെയാണ് വരുന്നത് എന്താ എന്തോ ആഗ്രഹം തീർക്കാനാണ് വന്നിരിക്കുന്നത് അവര് അവരുടെ ശ്രദ്ധ മുഴുവൻ അതിലാണ് അതുകൊണ്ട് അവർക്കതൊന്നും കേൾക്കാനും പറ്റില്ല അമ്പലത്തിൽ പൂജയ്ക്ക് വരുമ്പോ ഭഗവാന്റെ മുമ്പിൽ പോകുമ്പോ ഒക്കെ അങ്ങനെയാണ് ഒരിക്കൽ മഹാവിഷ്ണുവും നാരദനും കൂടെ ഭൂമിയിൽ വന്നു ഇങ്ങനെ പോയപ്പോ ഒരിടത്തെ പാട്ട് നടക്കുന്നു ഭജന നടക്കുന്നു നാരദ മഹർഷി പറഞ്ഞു വിഷ്ണു ഭഗവാനെ നമുക്കൊന്ന് അവിടെ പോവാമെന്ന് തോന്നും അപ്പൊ ഭഗവാൻ അവിടെ പോയി ഏത് വേഷത്തിലാ പോകേണ്ടത് നാരദരെ നോക്കൂ അവരൊക്കെ പാടുന്നതും നോക്കൂ കണ്ണനെ കാണണം കണ്ണനെ കാണണം കണ്ണനെ കാണണം എന്ന് എത്രയാ പാടുന്ന അവരുടെ മുമ്പിൽ പോയി നിൽക്കണം അന്ന് ഇങ്ങനെ പിശുക്കനായാ പറ്റില്ല അവർക്ക് ദർശനം കൊടുക്കണം കൃഷ്ണൻ പറഞ്ഞു നാരദര അവര് എന്നെ കാണാൻ വേണ്ടിയിട്ടൊന്നുമല്ല പാടുന്നത് ആരോ അങ്ങനെ ഒരു പാട്ട് എഴുതിയിട്ടുണ്ട് അതവര് പാടുകയാണ് അതുകൊണ്ട് വേണോ അല്ലല്ല ഭഗവാനെ വേണം ശരി ഏത് രൂപത്തിൽ പോകണം ഇതേ രൂപത്തിൽ പോകണം ഓടക്കുഴലും ഒക്കെ ആയിട്ട് തലയിൽ മയിൽപ്പീലിയൊക്കെ ആയിട്ട് അവരെങ്ങനെ വിളിക്കുന്നു അതേ നീലക്കാർ വന്നനായിട്ട് അങ്ങ് പോയി നിൽക്കണം വിശ്വസിക്കില്ല നാരദരേ ഇവര് ഇല്ല ഞാൻ പറഞ്ഞു കൊടുക്കാം അവർക്ക് നാരദൻ വീണയോടുകൂടെ കൃഷ്ണൻ മയിൽപ്പീലിയോടുകൂടെ പ്രത്യക്ഷപ്പെട്ടു ഭജനക്കാരെ കുറച്ചു നേരം കഴിഞ്ഞപ്പോ ശ്രദ്ധിച്ചു ഇപ്പോഴൊക്കെ ഭജനയിൽ വേഷമൊക്കെ ഉണ്ട് അതുകൊണ്ട് അവര് അതിന്റെ ഭാഗമാണെന്ന് അവര് ധരിച്ചു അവര് ഭജന കഴിഞ്ഞിട്ട് ചോദിച്ചു ഏതാ പാർട്ടി നല്ല അസലായിട്ടുണ്ടല്ലോ നാരദൻ പറഞ്ഞു കൊടുത്തു സാക്ഷാത് ഭഗവാനാണ് അതുപോലെ തന്നെ ഉണ്ട് നോക്ക ഒരുപാട് മെനക്കെട്ട് പോകുന്ന ആരദ മഹർഷി അവസാനം പറഞ്ഞു എങ്ങനെയായാൽ നിങ്ങൾ വിശ്വസിക്കും ചോദിച്ചു ഒരു കല്ല് സ്വർണ്ണമാക്കാൻ പറ്റുമോ അങ്ങനെയൊക്കെയാണ് വിഷത് അപ്പൊ നാരദന് വിഷ ഭഗവാനെ അങ്ങനെങ്കിലും വിശ്വാസം വരുമെങ്കിൽ വരട്ടെ നാരദന് വേണ്ട നോക്കാം അങ്ങനെയെങ്കിലും വിശ്വാസം വരുമോ നോക്കാം ആഗ്രഹം സാധിച്ചാൽ ചിലപ്പോ വിശ്വാസം വന്നാലോ അപ്പൊ അവിടെ ഭജനക്ക് മൃതംഗം വായിക്കുന്നതിന്റെ ശ്രുതി കൂട്ടണ കല്ലുണ്ട് അതെടുത്തെങ്കിലും നീട്ടി അപ്പൊ അങ്ങനെ കൈ അങ്ങനെ കാണിച്ചത് സ്വർണമായി അപ്പൊ ഈ പത്ത് പതിനഞ്ച് പേര് അവിടെ നിന്ന് ഓടിപ്പോയി എവിടേക്കാ പോണെന്ന് ആര് തർക്കൊന്നും പിടികിട്ടില്ല ആള് വീതം ലോഡ് ലോഡായിട്ട് കല്ലെടുത്തു വലിയ വലിയ കല്ലെടുത്ത് സ്വർണ്ണാക്കാനായിട്ടെ കാമൈ സ്തൈഹി ഹൃതജ്ഞാനാഹ പ്രപദ്യ അന്യദേവതാഹ ഒരിടത്ത് ഒരു സാധുവിന് ജീവകാരുണ്യുണ്ടായി ഒരാൾക്ക് മഹാരോഗം മാറാത്ത ഒരു രോഗം വന്നു അപ്പൊ ആ സാധു പറഞ്ഞു എന്റെ തലയിലുള്ള ഒരു രോമം നീ പറിച്ചെടുത്തോളൂ എന്റെ രോഗം മാറിക്കോളൂ എന്ന് പറഞ്ഞു ആ രോഗി ഈ സാധുവിന്റെ തലയിൽ നിന്നും ഒരു രോമം പറിച്ചുകൊണ്ടുപോയി വൈകുന്നേരമാകുമ്പോഴേക്കും രോഗം മാറി നാട്ടിൽ ചെന്ന് പറഞ്ഞു പിന്നത്തെ കഥ നിങ്ങൾ ഊഹിക്കണോ പറഞ്ഞു തരണോ ആ സാധു ഒരു തലരോമെങ്കിലും ബാക്കിയോടെ നിൽക്കോ ഫസ്റ്റ് ഓഫ് ഓൾ ഇപ്പോഴത്തെ കാലത്താണെങ്കിൽ ഏതെങ്കിലും ആസ്പത്രിക്കാർ പൊക്കിക്കൊണ്ടുപോ എക്സ്ട്രാ ഇഞ്ചക്ഷൻ വെച്ച് രോമം വളർത്തും അറിച്ചെടുത്തുകൊണ്ട് പോവാനായിട്ട് അല്ലെ ഒരിക്കലും വൈഭവം കൊണ്ട് ഈശ്വര വിശ്വാസമോ ശ്രദ്ധയോ ഉണ്ടാവില്ല കാമൈ സ്ഥൈ സ്ത്രീ ഹൃതജ്ഞാനാഹ എല്ലാരും അവരവരുടെ ഭക്തന്മാരാണ് ഓർത്തുള്ള വേദാന്തത്തിന്റെ സിദ്ധാന്തത്തിന് നമുക്ക് ഒരു സ്റ്റെപ്പ് പോലും വഴുതി പോവാൻ സാധിക്കില്ല ഒരിക്കലും നമ്മൾക്ക് മറ്റ് ഒരു ദേവതയുടെയോ ഈശ്വരന്റെയോ ഭക്തന്മാരാണ് നമ്മൾ എന്നൊക്കെ നടിക്കാമെന്നല്ലാതെ വാസ്തവത്തിൽ എല്ലാവരും ആത്മഭക്തന്മാരാണ് ആ തത്വം സ്വീകരിക്കണവരെ നമ്മൾ ഹിപ്പോക്രൈറ്റ്സ് ആയിട്ടിരിക്കും മിഥ്യാചാരന്മാരായിട്ടിരിക്കും നമ്മൾ മറ്റുള്ളവരുടെ ഭക്തന്മാരാണെന്നൊക്കെ പറയാം മറ്റുള്ളവരൊക്കെ നമുക്ക് ഉപകാരപ്പെടുന്നവരെ നമ്മൾ ഭക്തിയൊക്കെ ചെയ്യും ഉപകാരപ്പെട്ടിട്ടില്ലെങ്കിൽ ഭക്തി പോയി അവനവന്റെ ആഗ്രഹം സാധിക്കാൻ വേണ്ടി അതിനനുസരിച്ചുള്ള നിയമങ്ങളും വ്രതങ്ങളും ചര്യകളും ഒക്കെ കം തം നിയമമാസ്തായ എന്തുകൊണ്ട് അവരെങ്ങനെ ചെയ്യണത് നിയതാഹ പ്രകൃതി അവരവരുടെ പ്രകൃതി അവരവരുടെ സ്വഭാവം അവരവരുടെ വാസന അതിനനുസരിച്ച് അവരിന്നെ ഉപാസന ഇന്ന പൂജ ഇന്ന രീതിയിലൊക്കെ ചെയ്യും അവർക്ക് ഫലം കിട്ടുമോ നിശ്ചയമായിട്ടും കിട്ടും ഏത് രീതിയിൽ ഭഗവാനെ ഭജിച്ചാലും എന്താഗ്രഹത്തോടുകൂടെ ഭജിച്ചാലും എന്തിനു വേണ്ടി ഭജിച്ചാലും ഫലം കിട്ടും നോക്കു അടുത്ത ശ്ലോകം നോക്കു അതാണ് സ തയാ ശ്രദ്ധയാുക് നോക്കു അടുത്ത ശ്ലോകം വിട്ടു പോയിം യാ തനും ഭയാർച്ചി തയ്യാം ശ്രദ്ധാ താമേ വിദാമ്യഹം സ തയാ कामान ലഭത്തെ ചതമാൻ മയവ വിഹിതാ ഹിതാൻ യോ याम യം യാ തനും ഭക്ദ്ധയാ അർച്ചി ഭഗവാൻ പർണത് ആരാരെ ഏതേത് രൂപത്തിനെ ശ്രദ്ധയോടുകൂടെ ആരാധിക്കാൻ ആശിക്കുന്നു അതാത് രൂപത്തിൽ അതാത് മനുഷ്യന് ഫലം കൊടുത്ത് അയാൾക്ക് അതാത് ദേവതകളിലുള്ള ശ്രദ്ധയെ ഞാൻ ബലപ്പെടുത്തും ഞാനെന്ന് വെച്ചാൽ അന്തർയാമിയായ ആത്മാ നമ്മളെ സത്യസ്വരൂപികളാണ് നമ്മളുടെ ശ്രദ്ധ എവിടെ ഇടുമ്പോഴും നമ്മൾ വിചാരിക്കുമ്പോൾ ഒരു ജ്യോതിഷി ഒരു ജ്യോതിസ്യൻ പ്രവചിരിക്കുന്നത് പെട്ടെന്ന് ഫലിക്കും വേറൊരിത്തും ഫലിക്കില്ല എന്താ കാര്യം ഒരേ ശാസ്ത്രമല്ലേ എന്താ കാര്യം എന്ന് വെച്ചാൽ പറയണ ഒരാൾക്ക് ഉപാസനയുണ്ട് വേറെ ഒരാൾക്ക് ഉപാസനയില്ല വൈദ്യത്തിനൊക്കെ ഇത് പറയും എന്താ കാര്യം എന്ന് വെച്ചാൽ ഈ പറയണ ആള് വാട്ട് യു സേ വാട്ട് യു ഡു ഈസ് നോട്ട് സോ important as what you are in yourself. This is an Aurobindo statement. What you say or what you do is not so important as what you are in yourself. What you have to do in yourself, what you have to do in yourself is not so important as what you are in yourself. നിങ്ങളുടെ ഉള്ളിലൂടെ ഉണ്മ്മയെ ഒരു പദാർത്ഥത്തിൽ വെച്ചിട്ടാണ് അത് ഫലിക്കുന്നത് അതുകൊണ്ട് ശ്രദ്ധയോടെ എന്തിനു ഉപാസിച്ചാലും അതിന് ഫലിക്കും ബലം വരും അത് അയാൾ ഇതിൽ നിന്നാണ് വരണത് എന്ന് പറഞ്ഞാൽ അതിൽ തന്നെ ശ്രദ്ധ വയ്ക്കും അതിൽ നിന്ന് തന്നെ ഫലം കിട്ടും ആ വസ്തു അല്ലെങ്കിൽ ആ ദേവത അവിടുന്നാണ് എനിക്കൊക്കെ കിട്ടണത് എന്ന് നമ്മൾ ധരിക്കും ഇവിടുന്നാണ് എന്ന് ഞാനും വരണവരെ അറിയില്ല നമ്മൾ അവിടെ നിന്നാണ് വരുന്നത് ധരിക്കും അടുത്ത ശ്ലോകം നോക്കൂ സതയാ ശ്രദ്ധയാുക്ത തസ്യ ആരാധനമേഹത്തെ ലഭതേജ തതഃ കാമാനും അയ്യവ ആത്മാവിൽ നിന്നു വരുന്ന ശക്തി കൊണ്ട് ഇയാൾക്ക് ഫലം കിട്ടുന്നു പക്ഷെ ആത്മാവിൽ നിന്നാണ് കിട്ടുന്നതെന്ന് വസ്തുക്കളിൽ നിന്നാണെന്ന് ധരിക്കും ഒരു നായിക്ക് എല്ലിന്റെ കഷ്ടം കിട്ടി എല്ല് കടിച്ചപ്പോ നാവ് പൊട്ടി രക്തം വരാൻ തുടങ്ങി നായ വിചാരിച്ചു എല്ലെന്നാണ് രക്തം വരുന്നത് എന്ന് പറഞ്ഞു വീണ്ടും വീണ്ടും കടിക്കുകയാണ് ഇതുപോലെ നമ്മള് പുറമേ ഉള്ള നമുക്ക് ഫലം കിട്ടുന്നത് ഈ ദേവത അനുഗ്രഹിച്ചു ആ ദേവത അനുഗ്രഹിച്ചു അവിടുന്ന് വന്നു ഇവിടുന്ന് വന്നു ഒക്കെ പറയും വാസ്തവത്തിൽ ഉള്ളിലുള്ള അന്തർയാമിയാണ് അനുഗ്രഹിക്കുന്നത് എന്നുള്ളത് ഇയാൾക്ക് ജ്ഞാനം വരണവരെ പിടികിട്ടുന്നില്ല അപ്പൊ പുറത്തെവിടുന്നാണ് കിട്ടണത് ധരിക്കുമ്പോ ഇയാൾക്ക് ആ ഫലം അത് അല്പമായിട്ട് നിൽക്കും ആ ദേവതയുള്ളവരെ അല്ലെങ്കിൽ ആ വ്യക്തിയുള്ളവരെ അല്ലെങ്കിൽ നമ്മൾ ആ കർമ്മം ചെയ്യുന്നവരെ ആ ഫലം കിട്ടും അത് കഴിഞ്ഞപ്പോയി ഇതാണ് അടുത്ത ശ്ലോകം നോക്കൂ അന്തവത്തു ഫലം തേഷാം തദ്ഭവത്യൽപ്പമേധസാം ദേവാൻ ദേവയജോയാ മത്ഭക്തീ ഹിതാൻ ഇത് പ്രദക്ഷേത് മയവ വിഹിത വിഹിതാൻ ഹിതാൻ വിഹിതാൻ ഹിതാന്നുള്ളൂ കഴിഞ്ഞ ശ്ലോകത്തിൽ അതിൽ വിഹിതാൻ ഹിതാൻ ആചാര്യസ്വാമികൾ ഹിതാൻ എന്ന് പറഞ്ഞതിന് അർത്ഥം പറയാണ് കാമ ഒരിക്കലും ആർക്കും ഹിതമല്ല എന്നാണ് നല്ല ആഗ്രഹമോ ചീത്ത ആഗ്രഹമോ ആഗ്രഹിക്കുന്നത് ഒരിക്കലും നല്ലതല്ല നല്ല ആഗ്രഹം ചീത്ത ആഗ്രഹം എന്നൊന്നും പിരിക്കേണ്ട ആഗ്രഹം ഏതാണെങ്കിലും നല്ലതല്ല പക്ഷെ ആഗ്രഹിക്കണം ഫലം കിട്ടണം ഇതൊരു തരം ഭിക്ഷടനാണ് പുറമേക്ക് ഭിക്ഷ എടുക്കുന്ന ഭിക്ഷക്കാരനെക്കാളും നമ്മൾ മോശമാണ് നമ്മള് ഉള്ളിലൂടെ ഒരു ഭിക്ഷ എടുത്തുകൊണ്ടിരിക്കുക ഇത് കിട്ടുമോ അത് കിട്ടുമോ അത് കിട്ടുമോ ഇത് കിട്ടുമോ ആശിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പൊ അങ്ങനെയുള്ളവർക്ക് അന്തവത്വ ഫലം അവരുടെ ഫലം അവർക്ക് എന്ത് കിട്ടുമോ അത് ഫൽഗുലയം ഗച്ചതി പെട്ടെന്ന് ലയമായി പോകും അൽപമേധസാം അവരൽപ്ഞാനികളാണെന്നാണ് മൂഢന്മാരാണ് മടയന്മാരാണ് അൽപ്പൽപമായിട്ട് ഫലം കൊതിച്ചുകൊണ്ട് നടക്കുന്ന ഭിക്ഷാട് ഭിക്ഷാടനരാണ് അവര് ഭിക്ഷുക്കളാണ് അന്തപത്വലം ദേശാം തദ്ഭവതി അല്പമേതസം ദേവാണ് ദേവൻ പുറത്തൊരു ദേവതയെന്ന് പറഞ്ഞ് ആരാധിക്കുന്നവൻ ആ ദേവതയുടെ അടിമയായിട്ടിരിക്കും ആത്മാവിനെ അറിയുന്നവൻ ജീവൻ മുക്തനായിട്ട് തീരും പുറത്ത് എവിടെയെങ്കിലുമൊക്കെ ഒരു ദേവതയെന്നും ഞാനതിന്റെ അടിമയൊന്നും ഈ ഭാഗത്തോടുകൂടെ ഇരിക്കുന്നവൻ ദേവന്മാരെ ആരാധിക്കുന്നവൻ ദേവന്മാരോട് പോയി ചേരും ഈശ്വരനെ ആരാധിക്കുന്നവൻ ഈശ്വരനിൽ നിഷ്ഠനായിട്ട് തീരും ഔപനിഷിതമായിട്ട് പറയുകയാണെങ്കിൽ ആത്മജ്ഞാനം കൊണ്ട് മുക്തനായിട്ട് തീരും പുറമെ ഒരു ദേവതയെ ആരാധിക്കുമ്പോ ഡിപ്പെൻഡബിലിറ്റി പോകില്ല അൾട്ടിമേറ്റായിട്ട് ആത്മജ്ഞാനത്തിന് വന്നാവണമെന്നർത്ഥം പുറമേ അന്യോഹം അന്യോസൗ എന്ന് പറഞ്ഞ് ആരാധിക്കുന്നവരെ ആരാധ്യ ആരാധക ഭാവം ഉള്ളവരെ ഇയാൾ അടിമയാണ് ആ ദേവതയും വിടില്ല കാരണം എവറിത്തിങ് ബിക്കംസ് പവർഫുൾ നിങ്ങൾക്കറിയോ അറിയില്ല ടി വി പേപ്പർ കോഡർ എ സി ഫാന് ഇതിനൊക്കെ ജീവനുണ്ട് നിങ്ങൾ വേണമെങ്കിൽ ഇല്ല എന്ന് പറയും നിങ്ങളാണ് അതിന് ജീവൻ കൊടുക്കുന്നത് കുറെ പ്രാവശ്യം കണ്ടു ഇതൊക്കെ ആയി പലരും പറയണു വിടണമെന്ന് വിചാരിക്കണമെന്ന് നടക്കണില്ല ആ സമയമാകുമ്പോ എഴുന്നേറ്റ് പോവും ഓൺ ചെയ്യുന്നു അതൊക്കെ നമ്മളെ പിടിക്കുകയാണ് എന്തിനു എന്തിനും നിങ്ങൾക്ക് ജീവൻ കൊടുക്കാം എന്തിനും നിങ്ങൾ അടിമയായിട്ട് തീരാം പുറമെയുള്ള ഏത് വസ്തുവിനെ നിങ്ങൾ ആശ്രയിക്കുന്നു അത് നല്ല വസ്തു ആവട്ടെ ചീത്ത വസ്തുവാവട്ടെ കുറെ കഴിയുമ്പോൾ നിങ്ങൾ ആശ്രിതരായിട്ട് തീരും അതിൻ്റെ അടിമയാവും നേരെ മറിച്ച് നിങ്ങളുടെ സ്വരൂപത്തിനെ നിങ്ങൾ അറിയുമ്പോൾ സ്വതസിദ്ധഭാവാത് അനന്യ ആശ്രയത്വാത് സ്വതസിദ്ധമാണ് ആത്മ നിങ്ങൾ നിത്യമുക്തരാണ് സ്വതന്ത്രരാണ് പൂർണ്ണ വസ്തുവാണ് എന്ന് അറിഞ്ഞു കഴിയുമ്പോൾ അന്യ ആശ്രയമെന്നുള്ള ദോഷം ആത്മാവിൽ ഇല്ലാത്തതുകൊണ്ട് ആത്മാവിന്റെ സ്വരൂപം തന്നെ അന്യാശ്രയരഹിത്യമാണ് അന്യാശ്രയമില്ലാത്തതുകൊണ്ട് നിങ്ങള് സ്വതന്ത്രരായിട്ട് തീരും വിമുക്തരായിട്ട് തീരും മുക്തി നേടിയെടുക്കേണ്ടതല്ല മുക്തി നിങ്ങൾക്ക് സ്വഭാവസിദ്ധമായിട്ട് തീരും അപ്പോ ദേവാൻ ദേവേജോയാന്തി മദ്ഭക്തായ എന്റെ ഭക്തന്മാരും എന്നൊക്കെ പറയുമ്പോ എന്റെ ഗ്രൂപ്പിൽപ്പെട്ട ആളുകൾ എന്നർത്ഥമല്ല ഗീതയുടെ ഗീതയിൽ എന്തെങ്കിലുമൊക്കെ നമുക്ക് ഒരു കൺഫ്യൂഷൻ ഉണ്ടാവാൻ സാധ്യതയുള്ളത് കൃഷ്ണൻ എവിടെയൊക്കെ ഞാൻ എന്റെ എനിക്ക് ശരണാഗതി ചെയ്യൂ എന്ന് പറയണതൊക്കെയാണ് നമുക്ക് ഇത്തിരി സംശയം ഉണ്ടാവാൻ സാധ്യതയുള്ള കാര്യങ്ങൾ അതൊക്കെ തെളിവായിട്ട് അറിഞ്ഞോളണം ആത്മാ എന്നർത്ഥമെടുത്തോളണം ആത്മജ്ഞാനം എന്ന അർത്ഥമെടുത്തോളണം അല്ലാതെ കൃഷ്ണഭക്തി മാത്രമായിട്ടോ ശിവഭക്തി മാത്രമായിട്ടോ വിഷ്ണുഭക്തി മാത്രമായിട്ടോ അർത്ഥമെടുക്കാൻ പാടില്ല അപ്പൊ ദേവനെ ആരാധിക്കുന്നവൻ ദേവന്റെ അടുത്തേക്ക് പോകും ആത്മാവിനെ അറിയുന്നവൻ ആത്മാവായിട്ടിരിക്കും അന്തവത് വിനാശീതു ഫലം തേം അൽപ്പമേതസാ അൽപ്പ പ്രജ്ഞാ ദേവയജേവാൻ യാതി മത്ഭക്ത മാം യാതി അയാസേ മാമേവ ന പ്രപത്യന്തി അനന്ത അഹോ ഖലു കഷ്ടതരം വർത്തേക്രോശം ദർശയതി കിം നിമിത്തം മാമേവന പ്രപത്യന്തി എനെ എന്തുകൊണ്ടാണ് ശരണാഗതി ചെയ്യാത്തത് എന്തുകൊണ്ട് ആത്മജ്ഞാനത്തിന് തയ്യാറാവണില്ല അടുത്ത ശ്ലോകം നോക്കൂ അവ്യക്തം വ്യക്തിമാപന്നത്തെ മാമബുദ്ധയ മജാനന്ത മമാവ്യയമനുത്തമം ആത്മജ്ഞാനത്തിന് തയ്യാറാവാതിരിക്കാനുള്ള ദോഷം ഈശ്വരനെ വ്യക്തിയാണെന്ന് കരുതുന്നതാണ് അത്പബുദ്ധയ മന്യന്മാം അബുദ്ധയ അജ്ഞാനികൾ ഈശ്വരൻ തന്നിരിക്കുന്ന വിചാരശക്തിയെ പ്രയോജനപ്പെടുത്താത്തവർ തത്വജ്ഞാനത്തിന് തയ്യാറാവാത്തവർ അപരോക്ഷമായ ആത്മാവിനെ വ്യക്തിമാപന്നം മന്യന് ഒരു വ്യക്തിയായിട്ട് കണക്കാക്കുന്നു വെറുമൊരു രൂപം മാത്രമായിട്ട് കണക്കാക്കുന്നു അവ്യക്തം അപ്രകാശം വ്യക്തിം ആപന്നം പ്രകാശം ഗതം ഇതാനീം മന്യത്തെ മാം നിത്യപ്രസിദ്ധം ഈശ്വരം അവര് വിചാരിക്കണ ആചാര്യസ്വാമിയുടെ ഭാഷ്യം നോക്കൂ ഇത്ര കാലം അറിയപ്പെടാത്ത ഒരു വസ്തു ഇതാ അപ്പൊ കൃഷ്ണന്റെ രൂപത്തിൽ വന്നു ഇനിയിപ്പോ മറഞ്ഞു പോവും എന്ന് അജ്ഞാനികൾ ധരിക്കുന്നു നിത്യപ്രസിദ്ധം എന്നാണ് ഒരിക്കലും വ്യക്തമോ അവ്യക്തമോ ആകാത്തതും എപ്പോഴും അപരോക്ഷമായി ഞാൻ ഞാൻ ഞാൻ ഞാൻ എന്ന രൂപത്തിൽ അനുഭവത്തിൽ എല്ലാവരുടെ ഉള്ളിലും സിദ്ധമായിട്ടുള്ളതും ശരീരം മനസ്സ് ഇന്ദ്രിയങ്ങൾ മുതലായ ഉപകരണങ്ങളെക്കാളും എക്സ്പ്ലിസിറ്റായിട്ട് ഇമ്മീഡിയറ്റ് എക്സ്പീരിയൻസിൽ അനുഭവത്തിൽ സിദ്ധമായിട്ടുള്ളതുമായ ബോധത്തിനെ അവ്യക്തമെന്നും വ്യക്തമെന്നും ഒക്കെ വേർപിരിച്ച് കാണുന്നു അബുദ്ധികൾ മണ്ടന്മാരെന്നാണ് ശ്രദ്ധയില്ലാത്തവര് അവര് പരംഭാവമജാണന്ത നിത്യസിദ്ധമായിട്ടുള്ള പരമേശ്വര സ്വരൂപത്തിനെ ആത്മസ്വരൂപത്തിനെ ഞാൻ ഞാൻ എന്നുള്ളതിന്റെ ഉണ്മയായ സ്വരൂപത്തിനെ അറിയാതെ അവ്യയം അനുത്തമം വ്യയമില്ലാതെ ഏറ്റക്കുറച്ചിലകളില്ലാതെ പരിണാമമില്ലാതെ വികാരമില്ലാതെ ബാല്യം കൗമാരം യൗവനം വാർദ്ധക്യം ജാഗ്രത് സ്വപ്നം സുഷുപ്തി എല്ലാ അവസ്ഥകളിലും മാറാതെ പരിണമിക്കാതെ അഹമഹം എന്നുള്ളതിന്റെ ഉണ്മയായ സ്വരൂപമായി കേവല ചിന്മാത്രമായിട്ടുള്ള സത്തയെ അവജാനി മമാവ്യയം അനുത്തമം വ്യയരഹിതം അനുത്തമം നിരതിശയം മതീയം ഭാവം ആത്മസ്വരൂപം നിത്യപ്രസിദ്ധമപി നവജാനി അവിവേകിന നിപ്രസിദ്ധമായ ആത്മാവിനെ അറിയുന്നില്ല എന്തുകൊണ്ടാ അജ്ഞാനം അടുത്ത ശ്ലോകം നാഹം പ്രകാശ യോഗമായാസമാവൃത മൂഢോയം നാഭിജീ ലോകോ മാമജമവ്യയം അഹം പ്രകാശ സർവസ് എല്ലാവർക്കും നിത്യ അനുഭവത്തിലുള്ളതാണ് ആത്മാനുഭവം ഇല്ലാത്തവരാരണ്ട് എല്ലാവർക്കും അഹം അഹം എന്ന അനുഭവം ഉണ്ടല്ലോ ഇരുട്ട് ലൈറ്റൊക്കെ ഓഫ് ചെയ്താലും നമുക്ക് അറിയുന്ന ഒരേ കാര്യം എന്താ ഞാനുണ്ട് എന്നുള്ളത് അല്ലേ എന്നിട്ടും ഈ ഉണ്ട് എന്നുള്ള അനുഭവ രൂപത്തിൽ നമുക്ക് സിദ്ധമായിട്ടുള്ളത് എന്താണ് അതിന്റെ ബല എന്താണ് അതിന്റെ സ്വരൂപം എന്താണെന്ന് ബുദ്ധി അന്വേഷിക്കണില്ല ഇല്ലാത്തതൊക്കെ അതിൽ കൽപ്പിക്കണം കഠോപനിഷത്തിന്റെ ഭാഷ്യത്തിൽ ശങ്കരഭഗവത്പാദർ പറയണു അഹോ അതിഗംഭീര ദുരവകാഹ്യ വിചിത്രായ മായ ഈ മായ വളരെ വിചിത്രാണ് ഏറ്റവും അടുത്തുള്ളതും സിദ്ധമായിട്ടുള്ളതും ആത്മാവായി വസ്തു ഇവൻ അറിയപ്പെടുന്നില്ല ശാസ്ത്രങ്ങളൊക്കെ പറഞ്ഞു കൊടുത്താലും ഗുരു പറഞ്ഞു കൊടുത്താലും തത്വമസി എന്ന് ഉപദേശിച്ചാലും ഇവ മനസ്സിലാക്കണില്ല അനുച്യമാനവ ആരും പറഞ്ഞിട്ടില്ലെങ്കിലും അഹം അമുഷ്യപുത്ര ഇത് ഗൃഹാതി ഞാൻ ഇന്നവന്റെ പുത്രനാണ് ഇന്നവന്റെ പേരക്കുട്ടിയാണ് ഇന്ന കുടുംബത്ത് ഇന്ന ജോലിയാണ് ഇത്ര സമ്പത്തുണ്ട് എന്തൊക്കെയോ പറയണു നൂനം പരസ്യൈവമായ മോമുഹ്യമാന സർവോ ലോക ബംഭ്രമീതി വളരെയധികം ഭ്രമിച്ചു പോയിരിക്കുന്നു മോഹിതരായിരിക്കുന്നു അതാണ് മോഹിതാഹാനാഭിജാനന്തി മൂടോയം നാഭിജാനാതി മൂടനായിട്ടുള്ളവൻ എന്നെ അറിയുന്നില്ല എന്തുകൊണ്ടാ യോഗമായ സമാവൃത മായകൊണ്ട് എന്ന് പറഞ്ഞു യോഗമായ യോഗ ഗുണാനാം യുക്തി സത്വരജസ്തമോ ഗുണങ്ങളുടെ ഘടന അതിനെയാണ് യോഗം എന്നർത്ഥം അതുകൊണ്ടുള്ള മായ കൊണ്ട് എന്നെ അറിയുന്നില്ല ഭഗവത ചിത്തസമാധാനം യോഗ സത്കൃതമായ അത് ഇവിടെ ഭാഷ്യത്തിലെ രാമകൃഷ്ണ മിഷൻ ഭാഷ്യത്തിൽ ഒരു ചെറിയൊരു സ്ലിപ്പ് വന്നിട്ടുണ്ട് ഇവിടെ മൂഢോയം നോമായാസമാവൃത്ത അടുത്തശ്ലോക നോക്കു എം ത്വന്തം പാപം ജേ ദ്വന്ദ്വമോഹനിർമു ഭജന്മാടവ്ര ആരുടെയാണോ പാപവാസന അസ്തമിച്ചിരിക്കുന്നത് ഓ വിട്ടുപോയോ വേദാഹം സമതീത വർത്തമാനി ജാർജുന ഭവിഷ്യണി ച ഭൂതാനി മാം തുവേദന കശന ഏറ്റവും വലിയ ആശ്ചര്യം ഭഗവാൻ പറഞ്ഞത് ഉള്ളിൽ ചിത് സ്വരൂപമായ ഏതൊന്ന് സിദ്ധമാണോ അത് സർവജ്ഞനാണെന്നാണ് ഉപനിഷത്ത് ഭരണം ഒന്ന് ആലോചിച്ച് നോക്കൂ നമ്മളുടെ ഉള്ളിൽ നമ്മൾ ജീവൻ എന്ന് വിളിക്കുന്ന ലൈഫ് പ്രിൻസിപ്പിൾ ോധം അതായത് കണ്ണിലൂടെ കാണുക കാതിലൂടെ കേൾക്കുക മൂക്കിലൂടെ മണക്കുക നാവിലൂടെ രുചിക്കുക ത്വക്കിലൂടെ സ്പർശിക്കുക ഉറങ്ങുമ്പോ സ്വപ്നം കാണുക എല്ലാം ചെയ്യുന്ന ഞാൻ എന്നുള്ള അനുഭവത്തിൻ്റെ ഉണ്മ്മയായ സ്വരൂപത്തിന് ജീവഭൂതാം മഹാബാഹോ അതിനെ ഉപനിഷത്ത് വേദം എന്താ പറയണതെന്ന് വെച്ചാൽ സർവജ്ഞ സർവവിദ് എന്നാണ് അതിന് വിശേഷണം ഇറ്റ് ഈസ്നിഷ്യന്റ് എന്നൊക്കെയാണ് അർത്ഥം എന്നുവെച്ചാൽ അങ്ങനെയാണോ നമുക്ക് തോന്നണത് നമ്മളെ കുറിച്ചുള്ള നമ്മളുടെ എക്സ്പീരിയൻസ് എന്താ എനിക്കും എല്ലാം ഒന്നും അറിയില്ല ഉള്ളത് തന്നെ ഒന്നും അറിയാൻ വയ്യ ഞാൻ അൽപജ്ഞൻ സംസാരിതൊക്കെയാണ് എന്റെ അനുഭവം വേദം പറയണോ സർവജ്ഞ സർവവിധ് രണ്ട് കോൺട്രഡിക്ഷൻ ആണ് മൈ നോളജ് ഐ മേ പെറ്റി യൂസ്ലെസ് ലിമിറ്റഡ് ബീങ് വേദസ് യു ആർ ദ ഇൻഫിനിറ്റ് ആൾ നോയിങ് ഇമ്മാലേറ്റ്ലി പ്യുവർ ആൾ പെർവൈഡിങ് ട്രൂത്ത് േതാ സ്വീകരിക്കേണ്ടത് നമ്മളുടെ മനസ്സിന്റെ വിസ്പർ സ്വീകരിക്കണോ വേദത്തിന്റെ റെവലേഷനോ ഇവിടെ ഭഗവാൻ പറയണു അന്തര്യാമി രൂപത്തിൽ സമതീതാനി വേദ കഴിഞ്ഞു പോയതൊക്കെ എനിക്കറിയും ഇപ്പോ ഉള്ളതും എനിക്കറിയും വരാൻ പോണതും എനിക്കറിയും ഭവിഷ്യാണിച്ച് അങ്ങനെ ഞാൻ എല്ലാം അറിഞ്ഞുകൊണ്ട് എല്ലാം പ്രകാശിപ്പിച്ചുകൊണ്ട് ഹൃദയേ വർത്താ വർത്തതേ ഈശ്വര സർവഭൂതാനാം ഹൃദ്ദേശ അർജുന തിഷ്ഠതി ഹൃദയത്തിലിരിക്കണം നമ്മളുടെ ഉള്ളിലുള്ള അന്തര്യാമി രൂപത്തിലുള്ള ഭഗവാൻ കഴിഞ്ഞു പോയതറിയാം ഇപ്പോഴതറിയാം വരാൻ പോണതറിയാം എല്ലാം അറിയാം എന്നിട്ടും നാഹം എന്നെ ആരും അറിയണില്ല എന്നാണ് മാം തുവേദന കശ്ചന എന്റെ അന്തർയാമിയുടെ സ്വരൂപത്തിന് നോബഡി ഈസ് കോൺഷ്യസ് എന്തുകൊണ്ടാണ് അങ്ങനെ ഈ പറഞ്ഞു കേട്ടാൽ എന്തുകൊണ്ട് അതങ്ങനെ തോന്നണില്ല അതിന് കാരണമാണ് അടുത്ത ശ്ലോകം ഇച്ഛാദ്വേഷ സമുദ്ധേന ദ്വന്ദ്വമോഹേന ഭാരത സർവഭൂതാനി സമ്മോഹം സർഗേയാ ഇച്ഛാദ്വേഷ സമത് കനേതി വിശേഷാപേക്ഷാ ഇതമാഹ ദ്വന്ദ്മോഹേൻ ദ്വന്ദ്വം എന്ന് വെച്ചാൽ രണ്ട് രണ്ട് വരുമ്പോൾ ഒന്ന് നല്ലത് ഒന്ന് ചീത്ത നല്ലതിനോട് ഇച്ഛ ചീത്തയോട് ദ്വേഷം ശുഭത്തിൽ ആഗ്രഹം അശുഭത്തിൽ ദ്വേഷം ഇത് രണ്ടും വരുന്നതുകൊണ്ട് ഔട്ട് ഓഫ് ദ ഡെലൂഷൻ സർവഭൂത എല്ലാ ജീവജാലങ്ങളും പരസ്പരവിരുദ്ധ സുഖദുഃഖഹേതുവിഷയോ യഥാ യഥാതൈ സംബന്ധ്യമാനൗ ദ്വന്ദ്ശ്ദിനെ തത്ര ഇച്ഛാവേഷേതുസം സമ്പാ സമ്പ്രാപ് ലബ്ധാത്മക തൗ സഭൂത സ്വശാപാദനദ്ത്മതത്വവിഷയജ്ഞാനോത്പത്തി പ്രതിബന്ധനകാരണം മോഹം ജനയത ഇച്ഛയും ദ്വേഷവും എന്ത് ചെയ്യുന്നു ഉള്ളില് ഒരു മേഘം പോലെ കയറിയിട്ട് എല്ലാ ഭൂതജാലങ്ങളുടെയും പ്രജ്ഞായാഹ പ്രജ്ഞ എന്ന് വെച്ചാൽ ആത്മജ്ഞാന ശക്തി ആ ആത്മജ്ഞാന ശക്തിയെ തന്റെ വശപ്പെടുത്തണമെന്നാണ് തൻ്റെ കയ്യിലേക്ക് കൊണ്ടുവന്നിട്ട് സ്വവശാപാദനദ്വാരേണ ഇൻഫ്ലുവൻസ് ചെയ്തിട്ട് പരമാർത്ഥാത്മ തത്വവിഷയ ജ്ഞാനോത്പത്തി പ്രതിബന്ധ കാരണം ത്മതത്വജ്ഞാനത്തിന് ഒരു ഹർഡിൽ ഒരു വിഘ്നം ഒരു പ്രതിബന്ധം ഉണ്ടാക്കുന്ന രീതിയില് പ്രതിബന്ധന കാരണം മോഹം ജനയത മോഹത്തിനെ ഉണ്ടാക്കുന്നു ഒരു ഫാഷിനേഷനെ ഉണ്ടാക്കുന്നു ഒരു ഭ്രമത്തിനെ ഉണ്ടാക്കുന്നു ഒരു ഇല്ലൂഷനെ ഉണ്ടാക്കുന്നു ഉണ്ടാക്കിക്കഴിയുമ്പോ നഹി ഇച്ഛാദ്വേഷ പരവശീകൃത ചിത്ത യഥാഭൂതാർത്ഥ വിഷയജ്ഞാനം ഉത്പദ്യതേ ബഹിരവി അറ്റാച്ച്മെന്റ് അവേർഷൻ ഉള്ള ഒരാൾക്ക് വെളിയിലുള്ള ഒരു വസ്തുവിനെ പോലും കറപ്റ്റഡ് ആയിട്ടല്ലാതെ കാണാൻ പറ്റില്ല അല്ലേ രാഗദ്വേഷം ഉള്ളപ്പോ പുറത്തുള്ള ഒരു വസ്തുവിനെ പോലും ഉള്ളപടി കാണാൻ പറ്റില്ല ഇൻഫ്ലുവൻസ് വെച്ചുകൊണ്ടാണ് കാണുക നമുക്കിഷ്ടം പോലെയാണ് കാണുക നമ്മളുടെ ഇഷ്ടത്തിനനുസരിച്ചാണ് നോക്കുക ഉള്ളപടി കാണില്ല അപ്പോ വിശക്കണു രാത്രി ഇപ്പോ എട്ടേ കാലായി ചന്ദ്രനെ കണ്ട കവിത വരുമോ ഇല്ല അപ്പൊ എന്ത് തോന്നും പപ്പടം തോന്നും കവിക്ക് അത് കാണുമ്പോ കവിത വരണം അയാൾക്ക് വേറെ എന്തോ അയാൾക്ക് വേറെ എന്തെങ്കിലും ആഗ്രഹം ഉണ്ടെങ്കിൽ അതൊക്കെ അവിടെ കാണും വിശക്കുന്നവന് പൂർണ്ണചന്ദ്രനെ കാണുമ്പോ പപ്പടം കാണും ഒരേ വസ്തു തന്നെ നമ്മൾ ഏത് സ്ഥിതിയിലിരിക്കണോ അതിനനുസരിച്ചൊക്കെ കാണും ഭക്തന് സാക്ഷാത് അബികയുടെ രൂപം കാണും അവരവരുടെ ഭാവത്തിനനുസരിച്ചാണ് അവിടെ രൂപം കാണുന്നത് അതുകൊണ്ട് ഇച്ഛാദ്വേഷ ദോഷ പരവശീകൃത രാഗദ്വേഷ പരവശീകൃതചിത്തൻ അയാള് യഥാഭൂതാർത്ഥം പശ്യതി ന വിഷയ ജ്ഞാനം ഉത്പദ്ദേ ബഹിരപിമ വക്തവ്യം താഭ്യം ആവിഷ്ടുദ്ധേ സമ്മൂഢ്യ പ്രത്യകാത്മനി ബഹുപ്രതിബന്ധേ ജ്ഞാനം ന ഉത്പദ്യ അങ്ങനെയുള്ള ആൾക്ക് ആത്മാവിനെ ശ്രദ്ധിക്കാൻ പറ്റില്ല എന്നുള്ളത് പറയാൻ പറയണോ എളുപ്പത്തിൽ മനസ്സിലാക്കാവുന്നതാണ് ഇയാളുടെ അറ്റാച്ച്മെന്റ് അവേർഷൻ കാരണം ആത്മാവിനെ ശ്രദ്ധിക്കാൻ കഴിയാതെ ഇയാൾ വിഷമിക്കുന്നു അതുകൊണ്ട് ഹേ ഭാരത സകല പ്രാണികളും ജനന മരണ ചക്രത്തിൽ ഇതുകൊണ്ട് തന്നെ വീഴുന്നു അതുകൊണ്ട് തന്നെ ഈശ്വരനെ ആത്മസ്വരൂപമായിട്ട് അറിയുന്നില്ല അടുത്ത ശ്ലോകം ഏഷാം ത്വന്തഗതം പാപം ജനാം പുണ്യകർമ്മ തേ ദ്വന്ദ്വമോഹനിർമുക്താഹം ഭജന്മാം ദൃഢവ്രതാഹം ആരുടെയാണോ പാപവാസനകൾ പോയിരിക്കുന്നത് തപസ്സുകൊണ്ട് ഭഗവതാരാധന കൊണ്ട് ഭക്തി കൊണ്ട് ശരണാഗതി കൊണ്ട് സത്സംഗം കൊണ്ട് എന്തൊക്കെ വേണമൊക്കെ ചേർത്തു എങ്ങനെങ്കിലും ഉള്ളിലുള്ള ഈ വാസനകൾ ഉള്ളു പോയി ചിത്രം ശുദ്ധമായാൽ ഉള്ളിൽ രാഗദ്വേഷം പോയാൽ പ്രിജുളിസ് പോയാൽ ബാസ് പോയാൽ തെളിഞ്ഞാൽ ചിത്തത്തിൽ അകമേക്കുള്ള ദൃഷ്ടി തെളിവായാൽ അവര് ദ്വന്ദ്വമോഹ നിർമ്മുക്താഹ ഈ കോൺഫ്ലിക്ട് ദ്വന്ദ്വം ഡുവാലിറ്റി ഡുവലിസ്റ്റിക് Attachment and aversion, dualistic process, ceases to operate. This dhvandvam will be able to do this. Attachment, aversion, aggression, aggression, attraction, repulsion, go to the same place. They will not come to the same place. They will not come to the same place. ഉയർന്ന വിഷയങ്ങളോ ഒന്നും തന്നെ അവരെ സ്വാധീനിക്കില്ല അവര് ആത്മൈവസന് ആത്മാനം ഏവ പശ്യന്തി ആത്മനിഷ്ഠാഭവന്തി ആത്മനിഷ്ഠന്മാരായിട്ട് തീരും അവര് മാം ഭജന്തൃഢവ്രത അവരുടെ വ്രതം ഉണ്ടല്ലോ വ്രതമാണ് ഭഗവാനെ മാത്രം ഭജിക്കും എന്ന് വെച്ചാൽ ആത്മാവിൽ മാത്രം നിഷ്ഠരായിട്ട് തീരും അങ്ങനെയുള്ളവര് എന്താണ് അവരുടെ ഉദ്ദേശം അവർക്കും വല്ല ഉദ്ദേശമുണ്ടോ പറയണമെങ്കിൽ ഒന്നേ ഉള്ളൂ ദുഃഖ നിവൃത്തി ദുഃഖ നിവൃത്തി ദുഃഖം എന്താണ് അതാണ് അടുത്ത ശ്ലോകത്തിൽ പറയണ നോക്കുക ജരാമരണമോക്ഷായ മാശ്രിത്യ തന്ത്യേ തേ ബ്രഹ്മ തദ്വിദു അധ്യാത്മം കർമ്മചാഖിലം അടുത്ത അധ്യായത്തിന് ഒരു മുന്നോടി പറയാണ് ഭഗവാൻ ഇവിടെ ഈ രണ്ട് ശ്ലോകമും നെക്സ്റ്റ് ചാപ്റ്ററിന് ഒരു ഇൻട്രഡക്ഷനാണ് ഇവിടെ ഭഗവാൻ പറയണത് വാർദ്ധക്യം മരണം ഇതിൽ നിന്ന് വിമുക്തമാവാനായി എന്നെ ആശ്രയിച്ചുകൊണ്ട് ആത്മവിചാരമോ യോഗ ചെയ്യുന്നവർ ബ്രഹ്മത്തിനെ അറിയുന്നു അധ്യാത്മത്തിനെ അറിയുന്നു കർമ്മത്തിനെ അറിയുന്നു അവര് ഉള്ളിലുള്ള അന്തഃകരണാദി സകല വിഷയങ്ങളുടെയും പ്രവൃത്തിയെ മനസ്സിലാക്കുന്നു പരമേശ്വരനെ മനസ്സിലാക്കുന്നു ആക്ഷൻ കർമ്മ കർമ്മത്തിനെ അതായത് ഫിസിക്കൽ മെന്റൽ ആൻഡ് സ്പിരിച്വൽ ഈ മൂന്നും അവര് അറിയുന്നു സാധിഭൂതം വെളിയിലുള്ള മെറ്റീരിയലിസ്റ്റിക് വേൾഡ് അവർക്കറിയും സാധിദൈവം ഇതിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന അലൗകിക വസ്തുവിനെ അവരറിയും സാധിയജ്ഞം ഇതിന് ശരണാഗതി ത്യാഗം ചെയ്ത് ഇതിനെ എങ്ങനെ ആരാധിക്കണമെന്നറിയും ഇങ്ങനെയൊക്കെ അറിയുന്നവര് പ്രയാണകാലേപിച്ച മാം തേ വിദുഹു യുക്തചേത മരണസമയത്ത് അവര് എന്നെ അറിയും എട്ടാമത്തെ അധ്യായം ക്രമമുക്തിയാണ് യോഗസ്ഥിതിയിലിരുന്ന് ശരീരം വിടുന്ന യോഗിയെക്കുറിച്ച് പറയുന്നതാണ് ഇച്ഛാമൃത്യുവാണ് ജാതകത്തിലെ അഷ്ടമം എന്ന് പറഞ്ഞാൽ മരണസ്ഥാനമാണ് അതുപോലെ ഗീതയിലും എട്ട് ഇച്ഛാമൃത്യുവിനെ കുറിച്ചുള്ള അധ്യായമാണ് ക്രമമുക്തിയുടെ അത് നമ്മൾ അടുത്ത വർഷം കാണും ഇപ്പോ ഈ രണ്ട് ശ്ലോകം അടുത്ത അധ്യായത്തിന് ഇൻട്രഡക്ഷൻ ആയതുകൊണ്ട് അത് നമ്മൾ ഇവിടെ നിർത്താണ് അടുത്ത അധ്യായം വരുമ്പോൾ ഈ ശ്ലോകങ്ങളിൽ തന്നെ നമ്മൾ വീണ്ടും തുടങ്ങും ഈ ശ്ലോകത്തിൽ നിന്ന് തന്നെ നമ്മൾ തുടങ്ങും അതുകൊണ്ട് നമ്മളിവിടെ സമാപിപ്പിക്കുകയാണ് ഇതി ശ്രീമദ് ഭഗവത്ഗീതാസു ഉപനിഷത്സു ബ്രഹ്മവിദ്യം യോഗശാസ്ത്രേ ശ്രീകൃഷ്ണാർജുന സംവാദ ജ്ഞാനവിജ്ഞാന യോഗോ നാമ ഇങ്ങനെ ജ്ഞാനവിജ്ഞാന യോഗം എന്ന് പറയുന്ന ഏഴാം അധ്യായത്തിനെ ഭഗവത് പാദത്തില് അർപ്പിക്കുകയാണ് ഇത്രയും ദിവസം ശ്രദ്ധയോടെ വന്ന് കേട്ട നിങ്ങൾക്കൊക്കെ ഇതിൻ്റെ ജ്ഞാനത്തിന്റെ തെളിവുണ്ടാവട്ടെ എന്ന് ആശിക്കാം പ്രാർത്ഥിക്കാം അതിന് വിചാരം തുടർന്നു പോവാനും ഗീതാധ്യയനം ജീവിതം മുഴുവൻ വെച്ചുകൊണ്ടിരിക്കാനും ഭഗവാൻ ആശീർവദിക്കട്ടെ നമ്മൾ പതിവ് പോലെ ഇവിടെ നിർത്താം അതിനു മുമ്പ് നമ്മള് പതിപോലെ നിർത്തിയിട്ട് അക്ഷതയും യജ്ഞപ്രസാദവും വാങ്ങിക്കാം വാങ്ങിച്ചു പോവും അപ്പോഴേക്ക് മഴ നിൽക്കുമെന്ന് പ്രതീക്ഷിക്കാം നമുക്ക് അരുണാഹാചലശിവ അരുണാച്ചല ശിവ അരുണാചല ശിവ അരുണാചല അരുണാ ശിവ അരുണാചല ശിവ അരുണാചല ശിവ അരുണാചല അരുണാ ശിവ അരുണാചല ശിവ അരുണാചല ശിവ അരുണാചല അരുണാചല ശിവ അരുണാചല ശിവ അരുണാചല ശിവ അരുണാചല യോ മമ ആത്മാവസി ത്വമാചി യഥാഷ്ടും കൂരുമാം തടൈ ം ആത്മനം ഭ പ്രസാദിനെ കൊടുത്തിടും